സർവവസ്തുക്കളിലും ഭഗവാനെ കാണുക എന്നുള്ളതാണ് പരമമായ അനുഭവം അതിന് പത്താമത്തെ അധ്യായത്തിൽ വിഭൂതിയോഗം എന്ന പേരിൽ ഭഗവാൻ ചില സാധനകളെ വിടിച്ചു നമുക്ക് എല്ലാറ്റിലും ഭഗവാനെ കാണാൻ സാധിച്ചില്ലെങ്കിലും ഭഗവാന്റെ വിഭൂതികളിൽ കാണാം അതിൽ പല വിഭൂതികളെയും എടുത്തു പറഞ്ഞു അവതാരങ്ങളിൽ നമുക്ക് ഭഗവാനെ കാണാം അർച്ചനാമൂർത്തികളിൽ കാണാം നദികളിൽ ഗംഗയിൽ കാണാം ഹിമാലയത്തിൽ കാണാം പർവ്വതങ്ങളിൽ ഇങ്ങനെയൊക്കെ പ്രത്യേകം പ്രത്യേകം വിഭൂതികൾ പറഞ്ഞു സൂര്യനിൽ ചന്ദ്രനിൽ നക്ഷത്രങ്ങളിൽ എവിടെയൊക്കെ മഹിമയുണ്ടോ എവിടെയൊക്കെ വൈഭവമുണ്ടോ അവിടെയൊക്കെ ഈശ്വരന്റെ ആവിർഭാവം മാനിഫെസ്റ്റേഷൻ അത് കാണാം ഇന്നലെ ഭഗവാൻ പറഞ്ഞു ആദിത്യനിൽ തേജസ് യാതൊന്നും ഉണ്ടോ അത് എന്റെ ആണ് യഥാദിത്യഗതം തേജഹ ജഗത് ഭാസയതെ അഖിലം ജഗത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നതായ സൂര്യപ്രകാശം യാതൊന്നു ചന്ദ്രനിലുണ്ടോ അത് എന്റെ തേജസ്സാണ് അതുപോലെ ഭൂമിയിൽ പ്രവേശിച്ച് ഭൂമിക്ക് ഓജസ് കൊടുത്തുകൊണ്ട് ഞാൻ വർത്തിക്കുന്നു അപ്പൊ ഇതിനെയൊക്കെ കാണുമ്പോ നമുക്ക് ഭഗവാനെ ഓർമ്മ അതിനാണ് ഇതൊക്കെ പറയണത് അല്ലാതെ ഇതൊക്കെ അനലൈസ് ചെയ്യാനായിട്ടല്ല സൂര്യനെ കാണുമ്പോ ഭഗവാനെ കാണുന്നു ചന്ദ്രന്റെ ശീതളമായ കിരണങ്ങൾ ഏൽക്കുമ്പോ അത് ഈശ്വരാനുഭൂതിയായിട്ട് തോന്നണം നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നത് കാണുമ്പോ അത് ഈശ്വരാനുഭൂതിയായിട്ട് തോന്നണം ഓഷധികളൊക്കെ അങ്ങനെ തഴച്ച് വളർന്നു നിൽക്കുന്നത് കാണുമ്പോ അത് ഭഗവത് അനുഭവമായിട്ട് തോന്നണം ഉഷ്ണാമിച്ച ഓഷധീസ് സർവ സോമോ ഭൂത്വ രസാത്മക എല്ലാറ്റിനും മേലെ വളരെ അടുത്ത് നമ്മളുടെ ശരീരത്തിൽ തന്നെ വൈശ്വാനര അഗ്നിയായിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നു പുരുഷസൂക്തം തന്നെ മറ്റൊരഗ്നിയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് തസ്യമധ്യേ മഹാനഗ്നി വിശ്വാർച്ചിർവിശ്വത്തോമുഖ തിഷ്ടഹാരജരക തിരഗ് ഊർമയസ്തം തധ്യേ വന്നിശിഖാ അണീയോർധ്വാസ്ഥിത ഇത് നല്ലവണ്ണം നമ്മൾ പിരിച്ചു നോക്കിയാൽ മഹാൻ അഗ്നി ആ അഗ്നി എന്താ വിശ്വാർച്ചോ ആ അഗ്നിയുടെ അർച്ചിസുകൾ കിരണങ്ങളാണ് വിശ്വം മുഴുവനും വിശ്വം മുഴുവൻ അതിന്റെ കിരണങ്ങളാണ് അതിന്റെ സ്പാർക്സാണ് ഇതിനൊക്കെ ശ്രുതി തന്നെ പ്രമാണമാണ് യഥാ സുദീപ്താത് പാവകാത് ബിസ്ഫുലിംഗാ സഹസ്രശ പ്രഭവന് സൂപ തദാക്ഷരാത് സൗമ്യഭാവാ പ്രയേ തൈവാിയ ഭാഗവതത്തിലും ഇപ്പോലെ നാരായണ തത്വം പറയുന്ന സന്ദർഭത്തിൽ പിലായനൻ പറയുന്നു ശതി വാകുത ചുരാത്മാ പ്രാണേന്ദ്രിയർച്ചിഷസ്വാഹ അഗ്നിയുടെ അർച്ചിസുകൾക്ക് അഗ്നിയെ അഗ്നിയുടെ ഒരു ഭാഗം മാത്രമാണ് അതിന്റെ സ്ഫുലിംഗങ്ങൾ അതുപോലെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു സ്പാർക്കാണ് അതിന്റെ അഗ്നി അത് ഏതൊരു അഗ്നിയിൽ നിന്നാണോ ഈ സ്ഫുലിംഗങ്ങൾ പുറപ്പെട്ടത് ആ അഗ്നി നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയസ്ഥാനത്ത് തസ്യമധ്യേ മഹാനഗ്നി നമ്മളുടെ ശരീരത്തിന്റെ മധ്യഭാഗത്തിൽ തന്നെ ഒരു വലിയ അഗ്നി ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു വിശ്വാർചിഹി എന്നാണ് അതിന്റെ ഓരോ സ്പാർട്ട്സും കണ്ണിലൂടെ രൂപമായിട്ടും ചെവിയിലൂടെ ശബ്ദമായിട്ടും മൂക്കിലൂടെ മണമായിട്ടും നാക്കിലൂടെ രുചിയായിട്ടും തൊക്കിലൂടെ സ്പർശമായിട്ടും ഒക്കെ വരുന്നത് ഈ അഗ്നിയുടെ സ്പുലിംഗങ്ങളാണ് വിശ്വത്തോ മുഖ അത് എല്ലായിടത്തേക്കും മുഖത്തോടു കൂടെ ഇരിക്കുന്നു വിശ്വാർച്ചു വിശ്വത്തോ അപ്പോ ആ വൈശ്വാന അഗ്നി അഗ്രബുഖ് നമ്മള് യാഗത്തിലൊക്കെ അഗ്രബുക്കുണ്ട് അഗ്രബുക് ഭഗവാനാണ് അഗ്രബുക്ക് അതേപോലെ അഗ്രബുക്ക് നമ്മൾ കഴിക്കുന്നതിനൊക്കെ അതിന്റെ ഒക്കെ അൾട്ടിമേറ്റ് കൺസ്യൂമർ അദ്ദേഹമാണ് എല്ലാത്തിനെയും നമ്മളെ തന്നെ വിഴുങ്ങിക്കളയുന്ന ആളാണ് അവസാനം വിഭജൻ തിഷ്ഠൻ എല്ലാത്തിനും ആഹാരത്തിനെയൊക്കെ പജിക്ക് ഉള്ളിൽ ചെല്ലുന്നതിനെയൊക്കെ അദ്ദേഹം വിഭജിക്കുന്നു ജീർണിപ്പിക്കുന്നു അങ്ങനെ വൈശ്വാനര അഗ്നിയായി ഭഗവാൻ നമ്മളുടെ ഉള്ളിലുണ്ട് അഹം വൈശ്വാനോ ഭൂത്ത് പ്രാണിനാം ദേഹം പചാമി അന്നം ചതുർവിധം നാലു വിധത്തിലുള്ള അന്നത്തിനെയും ഞാൻ പചിക്കുന്നു ആട്ടെ എല്ലാറ്റിനെയും പറഞ്ഞു ഇപ്പോ ആദിത്യഗതം തേജഹ മുതൽ നമ്മളുടെ ശരീരം വരെ വന്നു ഇപ്പോ അല്ലെ സൂര്യനിലുള്ള പ്രകാശം ചന്ദ്രനിലുള്ള പ്രകാശം ഓഷധികളിലുള്ള ഓജസ് ഭൂമിയിലുള്ള ഓജസ് അത്രയും പറഞ്ഞു വന്ന് നമ്മളുടെ വയത്തിലുള്ള അഗ്നി എന്ന് പറഞ്ഞു നമ്മളുടെ ശരീരത്തിൽ വയറിലുള്ള അഗ്നി ആയിട്ടും ഭഗവാന്റെ ശക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വളരെ അടുത്ത് കാണിച്ചതും അതാണ് ഉപദേശം എന്ന് പറയണത് ദൂരദേശത്തുള്ളതിനെ സമീപത്ത് കാണിച്ച് തരികയാണ് ഉപ സമീപേ ദിശതീത്തി ഉപദേശ ഏറ്റവും അടുത്ത് കാണിച്ചു തരിക അല്ലാതെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ദൂരത്ത് എവിടെയെങ്കിലും ഒക്കെ കാണിച്ചതെന്ന് നമുക്ക് എന്ത് പ്രയോജനം അപ്പൊ ഇപ്പൊ ഏകദേശം അടുത്ത് വന്നു ശരീരത്തിൽ തന്നെ നമ്മളുടെ വയറിൽ തന്നെ വൈശ്വാനര അഗ്നിയായിട്ട് ഭഗവാൻ വർത്തിക്കും ആട്ടെ ഇനി അതിനേക്കാളും അടുത്ത് കാണിച്ചു തരിക ഇനി അല്പം കൂടെ അടുക്കുകയാണ് വൈശ്വാനര അഗ്നിയെങ്കിലും നമുക്ക് മനസ്സിലാവും അല്ലെ മനസ്സിലാവണമെന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മളിൽ നിന്ന് ഡിസ്റ്റൻസ് ഉണ്ടോന്ന് അർത്ഥം നമുക്ക് മനസ്സിലാവണമെങ്കിൽ തന്നെ കുറച്ച് വിട്ടു നിൽക്കണുണ്ട് അതുകൊണ്ടാ വയർ ശരിയില്ല വയറിൽ എന്തൊക്കെയോ ശബ്ദം ഉണ്ടാവണം അവിടെ ഒരു ചൂട് കുടിക്കണം ചിലപ്പോ വയർ ഇൻഡൈജഷൻ പ്രോബ്ലമാണെങ്കിൽ ശരീരം മുഴുവൻ ഒരു എരിച്ചൽ അപ്പോ അനുഭവിക്കണത് തന്നെ അനുഭവിക്കുന്ന ആള് വേറെ നിൽക്കണം അപ്പൊ ഇനിയും കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അല്പം പോലും ഡിസ്റ്റൻസ് ഇല്ലാത്ത സ്ഥാനത്ത് കാണിച്ചു തരെയാണ് അടുത്ത ശ്ലോകത്തില് നോക്കുക സന്നിവിഷ്ടോ മതസ്മൃതിർ ജാനമപോനം ചേദൈശ സർവൈരഹമേവേദ്യോ വേദാന്തൃവിഹം ൃതിപോലെ ചൃതി സ മത്ത സ്മൃതി അപോഹനം വേദി അഹമേവേദ്യാഹം എല്ലാ ഭൂതജാലങ്ങളുടെയും പ്രാണികളുടെയും ഹൃദയത്തിൽ ഞാൻ സന്നിവിഷ്ടായിരിക്കും നമ്മൾ ഇത് നില കുറച്ച് പറഞ്ഞു ഹൃദി സന്നിവിഷ്ട്രദയത്തിൽ എങ്ങനെ സന്നിവിഷ്ടനായിരിക്കുന്നു ഹൃദയകുഹരമധ്യേ ഹൃദയമാവുന്ന ഒരു ഗുഹ ദഹ്രം വിസൃം ഗഗനം യന്താസിതവ്യം ദഹ്രം അവിടെ ഒരു ദഹരം എന്നാണ് ഒരു ഹൃദയാകാശം അവിടെ ഒരു ഗുഹ ആ ഗുഹയിലൊരു ഹൃദയാകാശം ആ ഹൃദയാകാശത്തിൽ വർത്തിക്കുന്നു എന്നൊക്കെ ശ്രുതി പറയുന്നു നമ്മളുടെ ഭാവനയെ അന്തർമുഖപ്പെടുത്താനായിക്കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഹൃദയത്തിൽ ഒരാകാശം ആ ഹൃദയാകാശത്തിൽ ആത്മാ പ്രകാശിക്കുന്നു ആയിട്ടെ അവന്റെ സ്വരൂപം എന്താ ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇതി സാക്ഷാത് ആത്മരൂപേണ ഭാതി ഹൃദയമാവുന്ന കുഹരത്തിനകത്ത് ഗുഹയ്ക്കകത്ത് കേവലം ബ്രഹ്മമാത്രം രണ്ടില്ലാത്തതായ ഏകവും അദ്വയവുമായ ചൈതന്യം അഖണ്ഡബോധസ്വരൂപമായ ബ്രഹ്മം തന്നെ അഹം അഹം ഇതി സാക്ഷാത് ആത്മരൂപേണ ഭാതി ഞാൻ ഞാൻ ഞാൻ എന്ന് നമ്മൾക്കൊക്കെ അനുഭവമുള്ള അനുഭൂതിയെ സ്വരൂപമായി ആത്മാവായി പ്രകാശിക്കും ആചാര്യസ്വാമികൾ ഒരുപടി കടന്നു പറഞ്ഞു പ്രകൃതി വികൃതി ഭിന്ന ശുദ്ധ ബോധസ്വഭാവം സത് അസിതമേശം ഭാസയൻ നിർവിശേഷ വിളസതി പരമാത്മാ ജാഗ്രഷവസ് സാക്ഷാത് സാക്ഷിപേണ ബുദ്ധേ വിവേകൂടാമണി വിളസതി പരമാത്മാ സംശയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടാ പറയണത് പരമാത്മാ തന്നെ ജാഗ്രതാദിഷു അവസ്ഥാസു ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്നവസ്ഥകളെയും അനുഭവിക്കുന്നവനായിട്ട് അഹം അഹം ഇതി ഞാൻ ഞാൻ ഞാൻ എന്ന് പരമാത്മാരിക്കും ഏ ഈ ഞാൻ സുഷുപ്തിയിലില്ലല്ലോ ഇപ്പൊ ഈ പ്രഭാഷണം ചെയ്യുന്ന ഞാനാണെങ്കിൽ ഇവിടെ തന്നെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ സുഖമായി ഉറങ്ങി സ്വപ്നം കാണാതെ പോ സ്വപ്നം പോലും കാണാതെ ഉറങ്ങുന്ന സുഷുപ്തി അവസ്ഥയിൽ ഈ ഞാനില്ലല്ലോ പറയുകയാണെങ്കിൽ ആ സംശയം വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് സാക്ഷിരൂപേണ ബുദ്ധേഹേ എന്ന് പറഞ്ഞത് ബുദ്ധിക്കും സാക്ഷിയായിട്ട് ബുദ്ധി തദ്വൃത്തി അഭാവം അഹമിത്യം ബുദ്ധിയുടെ ഉണ്മയും ബുദ്ധിയുടെ ഇല്ലായ്മയും ജാഗ്രത അവസ്ഥയിൽ ശരീരമുണ്ട് മനസ്സുണ്ട് ഞാൻ ഉണ്ട് സ്വപ്നാവസ്ഥയിൽ ശരീരം ഇല്ല മനസ് പ്രവർത്തിക്കുന്നു ഞാൻ ഉണ്ട് സുഷുപ്തി അവസ്ഥയിൽ ശരീരവും ഇല്ല മനസ്സും ഇല്ല പക്ഷെ ഞാൻ ഉണ്ട് അപ്പൊ ഈ ഞാൻ ആരാണ് ഈ ഞാൻ എന്താണ് ആ സുഷുപ്തിയിലും ഏതൊന്നും ഉണ്ടോ അതാണ് എന്റെ യഥാർത്ഥമായ സ്വരൂപം ജാഗ്രത്തിൽ ശരീരമുണ്ട് സ്വപ്നത്തിൽ ശരീരമില്ല സ്വപ്നത്തില് മനസ്സുണ്ട് സുഷുപ്തിയിൽ മനസ്സും ഇല്ല ശരീരവും മനസ്സും വീണുപോയി ഈ രണ്ടവസ്ഥകൾ കഴിഞ്ഞപ്പോ പിന്നെ സുഷുപ്തിയിൽ എന്തോ ഒരു ആവരണമുണ്ട് എങ്കിലും ആ ആവരണം സ്വപ്നത്തിലും ജാഗ്രതത്തിലും കാണാനില്ല പക്ഷെ ഞാൻ ഉണ്ട് മൂന്നവസ്ഥയിലും ഈ ഞാൻ അനുഭവ സ്വരൂപനായ ഞാൻ ഉണ്ട് അപ്പൊ ഈ ഞാൻ എന്താണ് ഈ അഹം അഹം അഹം എന്ന് സദാസ്ഫുരിക്കുന്നത് അതെവിടെ സ്ഫുരിക്കുന്നുവോ ആ സ്ഫുരിക്കുന്ന സ്ഥാനമാണ് ഹൃദയം ഹൃദി സന്നിവിഷ്ടമെന്ന് പറയാം അല്ലെ പക്ഷെ ഹൃദയം എന്നുള്ളത് ഒരു ഫിസിക്കൽ പ്ലേസ് അല്ല ഒരു ഫിസിക്കൽ സ്പോട്ടല്ല അത് ഒരിടത്ത് കാണിക്കാൻ പറ്റില്ല ഏകദേശ രൂപമാണ് നമ്മൾ പറയുന്നത് ഇവിടെ നമുക്ക് ഫിസിക്കലായിട്ട് കാണിക്കണമോ ഉള്ളൂ ഹൃദയം ശരീരത്തിലല്ല ശരീരം ഹൃദയത്തിലടക്കം ഉം അശേഷം ബ്രഹ്മാണ്ടം ദേഹത്തിലടങ്ങും എന്നാണ് ദേഹം ഹൃദയത്തിലടങ്ങും ദേഹം മനസ്സിലടങ്ങും മനസ്സ് ഹൃദയത്തിലടങ്ങും ആട്ടെ അപ്പൊ ഈ ഹൃദയത്തിനെ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യും ഈശ്വരൻ ഹൃദയത്തിലുണ്ടോ ഈശ്വരനെ നമുക്ക് കാണണം ഈശ്വരൻ ഇരിക്കുന്ന സ്ഥാനവും കാണിച്ചു തന്നു ഇപ്പൊ ഹൃദയ സന്നിവിഷ്ട് പറഞ്ഞു ഭഗവാൻ തന്നെ ആട്ടെ ഹൃദയത്തിനെ എങ്ങനെ കണ്ടെത്തും ഹൃദയം എവിടെയാ ഹൃദയത്തിനെ കണ്ടെത്താനുള്ള വഴി എന്താ അതാണ് ഇവിടെ പറഞ്ഞത് നമ്മളൊക്കെ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് പറയുമ്പോ ആ വ്യക്തിബോധം നമുക്ക് നല്ല ഉറപ്പുള്ള കാര്യം ഞാനുണ്ട് ഇപ്പൊ ഇവിടെ ലൈറ്റ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്താൽ നല്ലവണ്ണം അറിയണു ഞാനുണ്ട് അടുത്തൊന്നും ആരും കാണാനില്ല ശരീരമേ കാണാനില്ല നല്ല കൂരാക്കൂരി ഇരുട്ടാണെങ്കിൽ ഈ ശരീരം തന്നെ കാണാനില്ല ഉണ്ടോ ഇല്ലയോന്ന് പക്ഷെ നല്ലവണ്ണം ഇവിടെ എന്തോ ഒന്നും പറയണുണ്ട് യു ഫീൽ ദ അലൈവ്നെസ് ലൈഫ് പ്രിൻസിപ്പിൾ അസ്തിത്വം ം ഞാൻ ഉണ്ട് എന്നറിയുന്നു ഞാൻ ഉണ്ട് എന്നുള്ള അറിവുണ്ട് എന്തോ ഒരു പ്രിയം എന്നോട് തോന്നുന്നു അഹമസ്മി എന്നുള്ളത് എന്നോട് ആ ഞാൻ ഉണ്ട് എന്നുള്ളത് എന്താ സാക്ഷാത്കാരത്തിന് ശരിക്കും ഈ ഒരൊറ്റ അനുഭവം മതി നമോ അഹം പദാർത്ഥായ ലോകാനാം സിദ്ധിഹേതവേ സച്ചിദാനന്ദരൂപായ ശിവായ പരമാത്മനെ ശ്രീകണ്ഠ ദീക്ഷിതർ ശ്രീകണ്ഠഭാഷ്യം ശ്രീകണ്ഠഭാഷ്യം ബ്രഹ്മസൂത്രത്തിന് അദ്ദേഹം ആരംഭിക്കുമ്പോ ആര് നമസ്കരിക്കണം എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞില്ല അപ്പൊ പരമശിവനെ നമസ്കരിക്കുമ്പോ അദ്ദേഹം ആദ്യം നമസ്കരിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ നമോ അഹം പദാർത്ഥായ ലോകാനാം സിദ്ധിഹേതവേ സച്ചിദാനന്ദരൂപായ ശിവായ പരമാത്മനെ അഹംപദത്തിന്റെ ഉണ്മയായ പൊരുൾ ആ അഹം പദാർത്ഥം എന്നുള്ളത് എവിടുന്ന ആചാര്യസ്വാമികൾ തന്നെ പറഞ്ഞു വിവേക അഹം പദാർഥസ്തു അഹമാദി സാക്ഷി നിത്യം സുഷുപ്താവപി ഭാവദർശനാ അഹം പദാർത്ഥസ്തു അഹമാദി സാക്ഷി അഹ് അഹം അഹം എന്നുള്ളതിന്റെ പദത്തിന്റെ ഉണ്മയായ അർത്ഥം അഹങ്കാരം മുതലായിട്ടുള്ളതിനൊക്കെ സാക്ഷിയാണ് അഹങ്കാരം പൊന്തുകയും അസ്തമിക്കുകയും ചെയ്യുന്നു നമുക്ക് അറിയുന്നു എനിക്ക് അഹങ്കാരം വന്നു അഹങ്കാരം പോയി അല്ലേ നമ്മൾ ആരെങ്കിലുമൊക്കെ സ്തുതിക്കുമ്പോ എന്തോ ഉള്ളിൽ ഇങ്ങനെ തുള്ളുന്നു നമ്മളെ ആരെങ്കിലുമൊക്കെ നിന്ദിക്കുമ്പോ എന്തോ ഉള്ളിലൊരു ചലനം അഹംകൃതി ആണ് അത് അഹങ്കാര ചലനം അഹം പദാർത്ഥം ഉണ്മയായ സ്വരൂപത്തിനെ പിടിക്കണമെങ്കിൽ അഹം സ്ഫൂർത്തിഫുരണ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ഭഗവത്പാദർ സ്ഫൂർത്തി എന്ന് പറയുന്നു സ്ഫുരണ ആ സ്ഫുരണ കിട്ടണമെങ്കിൽ സ്ഫുരണയെ നമുക്ക് പിടികിട്ടില്ല അഹം സ്ഫൂർത്തി അഹം സ്ഫൂർത്തിയാണ് ആദ്യത്തെ ഈശ്വരന്റെ നാമം അതാണ് അജവാ ജപം നമ്മളുടെ ഉള്ളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അനുസ്യൂതം നടക്കുന്ന ജപം ഭഗവാന്റെ ആദ്യത്തെ നാമമാണത് അതായത് ബൃഹദാരണ്യ ഗോപനിഷത്തിലും പറയുന്നു ഈശ്വരൻ ആദ്യ ഒരു നാമം വെച്ച അഹം നാമാഭവത്ത് എന്നാണ് അഹം നാമാവത് എന്നാണ് ഞാൻ എന്ന നാമത്തോടു കൂടെ നോക്കണം ഇത് നാമമല്ല നാമംന്ന് വെച്ചാൽ വ്യാഹൃതമായി നാമമല്ല വ്യാഹൃതമായ നാമമല്ല വ്യാഹരിക്കുന്നത് എന്താ സംസ്കൃതത്തിൽ അഹം ഇംഗ്ലീഷിൽ ഐ മലയാളത്തിൽ ഞാൻ തമിഴില് ഞാൻ ഹിന്ദിയിൽ മേ ഇതൊക്കെ ഭാഷയാണ് ഇതൊക്കെ വ്യാഹരിക്കപ്പെട്ട വൈഖരി ശബ്ദങ്ങളാണ് പക്ഷെ ഇവിടെ അഹം അഹം എന്ന് നമ്മൾ പറയുമ്പോ അവ്യാഹൃതമായ സ്ഫൂർത്തി ചിദ്വിലാസം ഈ ചിദ്വിലാസത്തിനോട് യോജിപ്പിക്കു യോജിക്കുമ്പോ മാത്രമേ നമ്മൾ എന്തു മന്ത്രം ജപിച്ചാലും ഫലിക്കുള്ളൂ അത് രാമനാമ ആവുമ്പോ ചിലരൊക്കെ രാമനാമം ജപിക്കുമ്പോൾ അത് അങ്ങനെ ശക്തിമത്തായിരിക്കുന്നു കാരണം എന്താ ആ രാമനാമം ഇവരുടെ ഉള്ളിലുള്ള ഈ അജവാചപത്തിനോട് കൊണ്ട് ചെന്ന് ചേർന്നു ശിവനാമമാണോ അത് അതിന്റെ കൂടെ ചെന്ന് ചേരണം ഈ ഐ കറണ്ട് അഹം സ്ഫൂർത്തി രമണ മഹർഷി ഉപയോഗിക്കുന്ന വാക്ക് അഹം അഹം സ്രോതസ് എന്നാണ് ഐ കറണ്ട് ഇതിന് സ്ഫൂർത്തി എന്ന് പറയും ോതസ് ഭാഗവതത്തിൽ കപിലവാസുദേവൻ പറയുന്നു ആത്മസ്രോതസ് സംവിഭാവ്യം എന്നൊരു വാക്ക് വരുന്നുണ്ട് സമാധിയുടെ ഭാഷയാണ് അതാണ് അതിങ്ങനെ ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറ്റ് ഗ്ലീംസ് ഔട്ട് ആത്മസ്രോതസ് എന്നാണ് വാക്ക് ആ സ്രോതസ് മനസ്സിന് പുറകിൽ മനസ്സിന് സ്പർശിക്കാനേ കഴിയാതെ മനസ്സിന് അതിനെ ഒരിക്കലും കറപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം മനസ്സുകൊണ്ട് അതിനെ സ്പർശിക്കാനേ പറ്റില്ല മനസ്സിന്റെ മൂലം എന്താണ് അഹങ്കാരമാണ് മനസ്സിന്റെ മൂലം അഹങ്കൃതിയാണ് മനസ്സിന് ഒരൊറ്റ രൂപമേ ഉള്ളൂ അഹങ്കാരൂപം പിന്നീടാണ് ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന് പോലും പിരിയുന്നത് അതിന്റെ വേരായ രൂപം അഹങ്കാര രൂപമാണ് നമുക്ക് എപ്പോൾ പിടികിട്ടും നമ്മളെ ആരെങ്കിലും ഒക്കെ ചീത്ത പറയുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഇപ്പൊ ആരാധിക്കുകയാണെങ്കിൽ അപ്പം മനസ്സിന് ഒറ്റ രൂപേ ഉണ്ടാവുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക നിങ്ങളെ ആരെങ്കിലും ഒക്കെ ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോ സന്തോഷം വരുമ്പോ ഒറ്റ ഭാവമേ മനസ്സിനുണ്ടാവുള്ളൂ ഞാൻ ഞാൻ ഞാൻ അതേപോലെ എക്സൈറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അനുഭവിക്കുമ്പോൾ ഒരൊറ്റ വികാരമേ ഉള്ളൂ അഹം ആരെങ്കിലും നമ്മളെ നിന്ദിക്കുമ്പോ ചീത്ത വിളിക്കുമ്പോ അപ്പൊ ഒറ്റ വികാരമേ ഉള്ളൂ ഒരൊറ്റ രൂപമേ ഉള്ളൂ ഉള്ളിലെ ഈ അഹംകാരത്തിന്റെ സ്പന്ദനം അഹങ്കാരസ്പന്ദന രൂപം അപ്പോ അഹങ്കാരസ്പന്ദനം നമുക്കറിയാം അഹംബോധം അറിയില്ല രമണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചോണ്ട് ഭഗവാൻ എങ്ങനെ ഈ അഹം സ്ഫൂർത്തി എങ്ങനെ കണ്ടെത്തും എങ്ങനെ കണ്ടെത്തും അപ്പൊ മഹർഷി പറഞ്ഞു സ്ഫൂർത്തിയെ കണ്ടെത്തേണ്ട അഹം വൃത്തിയെ കണ്ടുപിടിക്കും അഹം വൃത്തിയെ ആരാഞ്ഞാൽ അഹം സ്ഫൂർത്തിയെ കണ്ടെത്താം അഹം വൃത്തി എവിടെ പൊന്തുന്നു എന്ന് അന്വേഷിച്ചു നോക്കൂ അപ്പോ അത് എവിടെ ചെന്ന് അവിടെ മറ്റൊന്ന് താൻ പ്രകാശിക്കും അഹം സ്ഫൂർത്തി അഹം വൃത്തി അടങ്ങുന്ന സ്ഥാനത്ത് അഹം സ്ഫൂർത്തി ജ്വലിക്കും അപ്പൊ പിടികിട്ടീല അപ്പൊ ആ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി ആശ്രമ അടുക്കളയില് വെപ്പുകാർ രണ്ടുപേരും തമ്മില് ഭയങ്കര ബഹളം അതിലൊരാള് പറഞ്ഞു തനിക്ക് എന്നെ അറിയില്ല ഞാൻ കാണിച്ചുതരാം അപ്പൊ മറ്റേ ആള് പറഞ്ഞു തനിക്കും എന്നെ അറിയില്ല എന്റെ സ്വഭാവം തനിക്ക് അറിയില്ല ഞാൻ കാണിച്ചുതരാം അങ്ങോട്ട് ഇങ്ങോട്ട് വാക്ക് തർക്കം ഇടയ്ക്കിടയ്ക്ക് തനിക്ക് എന്നെ അറിയില്ല തനിക്ക് എന്നെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നോക്കിയപ്പോ മഹർഷി മുമ്പിൽ നിൽക്കണം നാണം നാണിച്ചു പോയി ഇപ്പൊ മഹർഷി ചിരിച്ചുകൊണ്ട് ഈ ചോദിച്ച ഭക്തനും ഉണ്ടായി അപ്പൊ പറഞ്ഞു ഇതാ ഇതാണ് അവസരം ഇപ്പൊ പിടിക്കണം എന്നാണ് ഇപ്പൊ തോന്നണല്ലോ എനിക്ക് എനിക്ക് എന്നെ അറിയില്ലാത്ത എനിക്ക് ഞാൻ കാണിച്ചുതരാം എന്ന് പറയുമ്പോൾ ഒരൊറ്റ വികാരമേ ഉള്ളു ഉള്ളില് അഹം എന്നുള്ള ഒരേ ഒരു വികാരം പാമ്പ് പോട്ടിൽ പോയി ഒളിച്ചു പിടിക്കാൻ പറ്റില്ല അത് തല പുറത്തേക്കിടുമ്പോഴേ പിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ തലയ്ക്ക് പുറത്തേക്ക് കിടുന്നത് എപ്പോഴാണ് നമ്മളാരെങ്കിലും നിന്ദിക്കുമ്പോ ആരെങ്കിലും ഒക്കെ അപമാനിക്കുമ്പോ അല്ലെങ്കിൽ ചീത്ത പറയുമ്പോ ദേഷ്യം വരുമ്പോ സ്തുതിക്കുമ്പോ ഒക്കെ അഹങ്കാരൂപത്തിൽ ഉള്ളിലെ മനസ്സ് അഹങ്കാരം എന്ന ഒരേ ഒരു രൂപം കൊണ്ടു നിൽക്കും അനേക രൂപം കൊണ്ടു നിക്കുമ്പോ പിടിക്കൽ ബുദ്ധിമുട്ടാണ് ഒരേ ഒരു രൂപം അഹങ്കാരം എന്ന ഒരൊറ്റ രൂപം കൊണ്ടു മനസ്സ് നിൽക്കുമ്പോ ഈ അഹങ്കാരത്തിന്റെ ചലനത്തിനെ വീക്ഷിക്കാം അതാണ് ഞാൻ ആര് എന്നുള്ള വിചാരം ഈ ഞാൻ എന്താണ് ഞാൻ എവിടെ നിന്ന് ഉദിക്കണു അതിന്റെ സ്പന്ദന സ്ഥാനം എന്താണ് അതിന്റെ ഉറവിടം എന്താണ് എന്നിങ്ങനെ ആരാഞ്ഞാരാഞ്ഞാരാഞ്ഞാരാഞ്ഞു ഉള്ളിൽ ചെല്ലുമ്പോ അഹമഹമെന്ന് അരുളവതൊക്കെ ആരായുകിൽ അകമേ പലതല്ല ദേകമാകും അകലുമഹന്ത ഈ അഹംകൃതി അകലും കാരണം എന്താ അനേകമാകയാൽ ഏ അത് ദ്വൈത പരമ്പര ഉണ്ടാക്കുന്നതാണ് മനസ്സ് എന്ന് പറയുന്നത് വിരിഞ്ഞു വരുന്നതാണ് ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു അഹം പൊരുളെന്താണ് ചിത്വിലാസം അഹം സ്ഫൂർത്തി ആ സ്രോതസ് ആ സ്രോതസ്സിനെ ചെന്ന് നമ്മൾ സ്പർശിക്കുമ്പോ നമുക്ക് സാധാരണ ഇപ്പൊ അനുഭവമുള്ള മണ്ഡലം എന്താ മനസ്സ് എന്നുള്ള മണ്ഡലം അല്ലെങ്കിൽ ബുദ്ധി എന്നുള്ള മണ്ഡലം ഇത് രണ്ടുമാണ് അല്ലെ മനസ്സും ബുദ്ധിയുമാണ് നമുക്കിപ്പോ അനുഭവം ഉള്ളത് മനസ്സിൽ വികാരങ്ങളുണ്ടാവും ബുദ്ധിയിൽ വിചാരങ്ങളുണ്ടാവും ഇത് രണ്ടുമാണ് നമുക്ക് അനുഭവം ഇത് രണ്ടിനെയും കടന്ന് ഈ സ്രോതസ്സിന്റെ ഒഴുക്കിനെ ചെന്ന് നമ്മൾ സ്പർശിച്ചാൽ ഭഗീരഥൻ കൊണ്ടുവരുന്ന ഗംഗ അതാണ് അടിത്തട്ടിൽ നിന്നുള്ള ഗംഗയാണോ ഭഗീരഥൻ കൊണ്ടുവന്നത് ആ ഗംഗയെ നമ്മള് മേലയ്ക്ക് കൊണ്ടുവരണം നമ്മളുടെ മനസ്സിന്റെ മണ്ഡലയ്ക്ക് മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നാലേ അറുപതിനായിരം കണക്കിൽ വിചാരത്തിന്റെ രൂപത്തിലുള്ള സകരപുത്രന്മാർക്കൊക്കെ മുക്തി കെട്ടുകൂടും അടിത്തട്ടിലുള്ള ഗംഗ പരാപശ്യന്തിരി എന്ന് പറഞ്ഞു ആ പരാസ്ഥിതി വൈഖരി മണ്ഡലത്തിലേക്ക് പൊന്തി വരണം അപ്പോ ഈ ഹൃദയം എന്ന് പറയുന്നത് എന്താ ഈ അഹംസ്രോതസ്സിന്റെ ഒഴുക്കിന്റെ സ്ഥാനമാണ് ഹൃദയം ആ അഹംസ്രോതസ്സിനെ ചെന്ന് സ്പർശിക്കുമ്പോൾ നോക്കണം അത് സ്പർശിച്ചത് കൊണ്ടാണ് ഭക്തന്മാരുടെ വാക്കുകളൊക്കെ ദൈവീവാക്കുകളായിട്ടിരിക്കുന്നത് അവർ നമ്മൾ ഉപയോഗിക്കുന്ന അതേ ശബ്ദം തന്നെയാണ് അവരുപയോഗിക്കുന്നത് ആ വൈഖരി ശബ്ദത്തിൽ ഈ പരാശബ്ദത്തിന്റെ രുചി വെള്ളം മേലക്ക് വരണ പോലെ അടിയിലുള്ള ജലം മേലക്ക് പൊന്തി വരുന്ന പോലെ ഈ വൈഖരി ശബ്ദത്തിൽ പരാശബ്ദത്തിന്റെ രുചി പരാവാക്കിന്റെ രുചി അപ്പോ ഹൃദയത്തിനെ ചെന്ന് സ്പർശിക്കുമ്പോ സർവസ്യ അഹം ഹൃദി സന്നിവിഷ്ഠ ഹൃദയത്തിൽ സന്നിവിഷ്ഠനായിരിക്കുന്നു ഭഗവാൻ മത്ത സ്മൃതി സ്മൃതി എന്നുള്ളത് ഓർമ സാധാരണ അർത്ഥം ിവിഷ്ടോ മത്ത സ്മൃതി അപോഹനം സ്മൃതി എന്നുള്ളതിന് സാമാന്യാർത്ഥം എന്താ മെമ്മോറി എന്ന അർത്ഥം പറയാം ഓർമ്മ എന്ന അർത്ഥം പറയാം അതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു ഓർമ്മയും അപോഹനം മറവി ജ്ഞാനം അറിവ് ഇതൊക്കെ എന്നിൽ നിന്നാണോ വരുന്നത് ഇതിന് സാമാന്യ അർത്ഥം പറഞ്ഞാൽ എന്താണ് ഓർമ്മയും എന്റെയാണ് യാവി സർവഭൂതേഷു സ്മൃതിരൂപേണ സംസ്ഥിത നമസ്തസ്മസ്തസ്മസ്തേ നമോ നമ മെമ്മോറി നമ്മളുടെ ആണോ നമ്മളുടെ ബുദ്ധി എന്നൊക്കെ പറയുമില്ലേ ആളുകൾക്കൊക്കെ അവാർഡൊക്കെ കൊടുക്കും ഡോക്ടർ രാധാകൃഷ്ണനെ എത്രയോ അവാർഡ് കൊടുത്തു അദ്ദേഹത്തിനെ നമ്മളിന്ന് ടീച്ചേഴ്സ് ഡേ ആയിട്ടൊക്കെ അദ്ദേഹത്തിന്റെ പറന്നാൾ ആഘോഷിക്കുന്നു അദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പൊ പ്രസംഗിക്കാൻ പറഞ്ഞ ഒരു മണിക്കൂർ നേരം അദ്ദേഹത്തിനെ പോലെ ഒരു മഹാപ്രതിഭ ഇവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഓർമ്മ ശക്തി അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം അദ്ദേഹത്തിന്റെ അറിവെന്നൊക്കെ നമ്മൾ പറയും ഭഗവാൻ ചിരിക്കും എന്താന്ന് വെച്ചാൽ ആരുടെയും സ്വന്തമായിട്ട് ഇവിടെ ഒരു അറിവുമില്ല മെമ്മറിയും ഒന്നുമില്ല അദ്ദേഹത്തിന് ഒരു യന്ത്രമാക്കി ചിലതൊക്കെ ചെയ്യിപ്പിക്കണം ചെയ്തു അവസാനം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേരു പോലും ഓർമ്മയുണ്ടായിരുന്നില്ല ഇത്രയും ലോകത്തിനെ പിടിച്ചു കുലിക്കിയ ആൾക്ക് സ്വന്തം പേരുപോലും ഓർമ്മിക്കാൻ കഴിയാതെ അവസാനിക്കേണ്ടി വന്നു ഒക്കെ മാച്ചു കളഞ്ഞു ഏത് ഈശ്വരൻ സ്മൃതി കൊടുത്തുവോ ആ ഭഗവാൻ തന്നെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ നിന്നൊക്കെ ചിലപ്പോ ഈ മാച്ചു അനുഗ്രഹം എന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാൻ പാടില്ലേ ഞങ്ങളുടെ ഒരാളുണ്ടായിരുന്നു അവിടെ മഹാപണ്ഡിതൻ സാഹിത്യം അറിയാം വ്യാകരണം അറിയാം സംസ്കൃതം നല്ല പാണ്ഡിത്യം അതും പോരാതെ വെസ്റ്റേൺ ഫിലോസഫി കരച്ചു കുടിച്ചിട്ടുള്ള ആളാണ് വെസ്റ്റേൺ ഫിലോസഫി റസൽ ബൾട്ട് റസൽ അതായത് എന്തൊക്കെയോ പേര് പറയുമോ അദ്ദേഹം പേജ് കണക്കിന് കൊട്ടേഷൻ കൊടുക്കും അത് ഇന്ന പേജ് ഇത്ര പാരഗ്രാഫും ഒക്കെ പറയും അത്യദ്ഭുതമായ മേധാശക്തി പക്ഷെ എപ്പോഴും മുഖം വാടി തളർന്ന് എന്താന്ന് വെച്ചാൽ ഇതൊക്കെ തലയിൽ ലോഡായിരിക്കുകയാണ് ഭാരോ അവിവേകിന ശാസ്ത്രം ഭാരോ ജ്ഞാനം ച രാഗിണ അശാന്ത മനോഭാര ഭാര അനാത്മവിധ വപുഹു എന്നാണ് വിവേകമില്ലെങ്കിൽ ശാസ്ത്രം ഒരു ഭാരമാണ് ഇത് എന്ത് ചെയ്യും ഇതൊക്കെ ടേപ്പ് റെക്കോർഡറിൽ ലോഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ ലോഡ് ചെയ്ത് വെച്ചും അതൊക്കെ പറയുകയൊക്കെ ചെയ്യും പക്ഷെ അദ്ദേഹത്തിന് പാവം പല കുഴപ്പങ്ങൾ എല്ലാറ്റിനു മേലെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആ പഠിച്ചു പോരാന്നൊരു തോന്നട്ടെ അപ്പൊ എന്താ എല്ലാവരും കണ്ടാലും പേടി അവരൊക്കെ തന്നെ കാളിൽ പഠിച്ചവരാണോ ഇങ്ങനെ ഒരു ഫിയർ ഇമാജിനറി ഫിയർ അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കാൻ കഴിവുള്ളവരല്ല എന്നാൽ ഇദ്ദേഹം ഭാവന ചെയ്ത് പേടിക്കും എന്നിട്ടൊരു ഇൻഫീരിയറായിട്ട് ഇങ്ങനെ പല കുഴപ്പങ്ങൾ അടപ്പാവും ഏകദേശം പത്തിരുപത്തി അഞ്ച് വർഷക്കാലം അദ്ദേഹം എങ്ങനെയാണ് അവസാനം ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോ ആള് പരമ സന്തോഷമായിട്ട് നടക്കുക ആനന്ദമായിട്ട് നടക്കുകയാണ് മുഖമൊക്കെ ആകപ്പാട് മാറി ഒരേ സന്തോഷം അപ്പോ അറിവുള്ള ഒരാള് പോയി ചോദിച്ചു എന്താ ചേട്ടാ ഇപ്പൊ കണ്ടാത്തനെ ആള് മാറിയിരിക്കണല്ലോ നല്ല സന്തോഷത്തിലാണല്ലോ ആ നമുക്ക് എന്താ സന്തോഷത്തിന് ചോദിച്ചു ചേട്ടൻ ഇപ്പൊ എന്ത് ചെയ്യണു ചോയിച്ചു പോയി അറിയാതെ ഏ നമ്മെ കുറിച്ച് ഇങ്ങനെ ചോദിക്കണോ ചോദിച്ചു ഇപ്പൊ എന്തോ കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞ് പോയി പുറകെ മകൻ ഇങ്ങനെ വിളിച്ചു ഒന്നും ചോദിക്കേണ്ട ആൾക്കിപ്പോ പഴശ്ശിരാജാവാണെന്നാ വിചാരം എന്നാണ് പഴയ ഓർമ്മയൊക്കെ പോയിട്ട് ഇവിടുത്തെ നട്ട് ചിലതൊക്കെ ലൂസായി പോയിട്ട് സ്വയം ഹിസ്റ്ററിയൊക്കെ നല്ല പാഠമാണേ അപ്പൊ ചരിത്രമൊക്കെ വായിച്ചിട്ട് ഇടയിലെ എവിടെയോ ചിലതൊക്കെ പോയി ഒക്കെ മറന്നുപോയി അത്ര തന്റെ വ്യക്തിത്വം പോലും മറന്നുപോയി ഏതോ ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റിയുമായിട്ട് ഐഡന്റിഫിക്കേഷൻ ഇപ്പൊ പഴശ്ശിരാജാവാണെന്ന് വിചാരമാണെന്നാണ് പക്ഷെ സന്തോഷം ഈ സന്തോഷം എങ്ങനെ വന്നു ഇത്രയും കാലം ഈ പഠിച്ചതിന്റെ ഹെവി ലോഡ് തന്റെ വ്യക്തിത്വമാണ് ഇപ്പൊ വ്യക്തിത്വം വെട്ടി രാജപദവിയെല്ലാം കിട്ടിയിരിക്കുന്നു സന്തോഷിക്കാൻ അപ്പോ ഭഗവാൻ ചിലരെയൊക്കെ ഇങ്ങനെ കളിക്കും ചിലർക്കൊക്കെ ഈ ഓർമ്മ മറ ചില പിരിയേഡ് മറന്നുപോകും ചിലരെ അങ്ങനെ കണ്ടിണ്ട് ഒരു പത്തിരുപത് വർഷം അവരുടെ ജീവിതത്തിൽ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിലത്തെ പറയും അതിനു ശേഷമുള്ള കാലമൊന്നും അവർക്കില്ല അങ്ങനെ ബ്രെയിൻ മാഞ്ഞു പോവുക അപോഹനം ഉം ചോദിച്ചു ഒരാൾക്ക് അയാളുടെ എട്ട് കുട്ടികളുണ്ട് അദ്ദേഹത്തിന് ചോദിച്ചാ ഓർമ്മയില്ല രണ്ടു മൂന്ന് പേരുടെ പേര് മാത്രം പറഞ്ഞു അപ്പൊ എന്താ അതൊക്കെ മറന്നുപോയോ ചോദിച്ചു നൂപ്പുരം അദ്ദേഹം ആ എത്ര കാലമായിരുന്നു ഇതൊക്കെ ഓർമ്മ വയ്ക്കാൻ പറ്റുമോ എന്നാണ് അതും മറന്നുപോയി അദ്ദേഹത്തിന് ജ്ഞാനം അപോഹനം ഓ ഓർമ്മ വെക്കുന്നതും മറന്നുപോണതും നമ്മളുടെ കയ്യിലില്ല അതിനുള്ള ശക്തി അതിനുള്ള നമ്മളുടെ ബ്രെയിൻ എന്ന് നമ്മൾ പറയണമെന്നല്ലാതെ ബ്രെയിൻ പോലും നമ്മളുടെ അല്ല ശാസ്ത്രജ്ഞന്മാർ വലുതുമായിട്ട് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ നോബൽ പ്രൈസൊക്കെ നമ്മൾ കൊടുക്കും ആര് വാസ്തവത്തിൽ കണ്ടുപിടിക്കുന്നു അവർ കണ്ടുപിടിച്ചതാണോ ഒരു സമയമാവുമ്പോൾ പ്രകൃതിക്ക് ചില സീക്രറ്റ്സ് പുറത്തേക്ക് വിടണം അതിനാരുടെങ്കിലും ഒക്കെ ഒരു ബ്രെയിൻ ആശ്രയിക്കും ആ ബ്രെയിൻ ആശ്രയിച്ച് അതിനകത്തുകൂടെ പുറത്തേക്ക് വിടും അത്രേ ഉള്ളൂ പ്രഭാഷണം ചെയ്യുമ്പോ തന്നെ പലപ്പോഴും കാണാം ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത പലതും നമ്മളിലൂടെ വരും എന്നിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ടാണ് ഈ ബുദ്ധിയിൽ തന്നെ നമുക്ക് പിടികിട്ടാം അപ്പോ വെറും യന്ത്രമാണ് ഓർമ്മ വെക്കണത് പുറത്തേക്ക് വിടുന്നത് ഇതൊന്നും ഈ വ്യക്തിയുടെ കയ്യിൽ ഇല്ല വെറുതാ അഹങ്കാരം വരും എന്റെ ഓർമ്മ ശക്തി എനിക്കും മറന്നുപോയി ഒന്നിൽ യു വിൽ ബി പ്രൗഡ് ഓർ യു വിൽ ഫീൽ ഗിൽഡി ഒന്നിൽ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും അല്ലെ ഒന്നിൽ അഭിമാനിക്കും അല്ലെങ്കിൽ എനിക്കും ഓർമ്മ പോയി ഓർമ്മ പോയി എന്ന് പറയും രണ്ടും നമ്മളുടെ അല്ല ഓർമ്മ നമ്മളുടെ ആണെങ്കിലേ നമുക്ക് അതിൽ കംപ്ലൈന്റ് പറയാനുള്ളൂ രണ്ടും നമ്മളുടെ അല്ല സ്മൃതിഹി ജ്ഞാനം അറിവ് അപോഹനം ച മറന്നുപോകൽ കാട്ടെ ഇനി വേറെയൊരു വിധത്തിൽ നോക്കിയാൽ ഭഗവാൻ പറയുന്നു മത്ത സ്മൃതിഹി ജ്ഞാനം അപോഹനം ചെ സ്മൃതി എന്ന് ചിത്തവൃത്തികൾ എന്ന് തന്നെ എടുത്തോളൂ ബ്രെയിനിന്റെ പ്രവൃത്തി ജ്ഞാനം എന്ന് വെച്ചാൽ അനുഭൂതി ആത്മാനുഭവം അതും ഭഗവാന്റെ കൃപ കൊണ്ട് തന്നെയാണ് ഏർപ്പെടുന്നത് അപോഹനം എന്താ വാസനകൾ മുഴുവൻ വിശേഷം തുടച്ചു നമ്മള് പതുക്കെ വാസനാക്ഷയം വരണം പലതും പറയുന്നു അല്ലേ പക്ഷെ ചിലപ്പോ കാണാം പരമദുഷ്ടന്മാരായിട്ട് അഭിജേത് സുദുരാചാര ഭജതേബാ മനന്യ ഭാ ചിലപ്പോ പെട്ടെന്ന് ഞങ്ങളുടെ ജ്ഞാനികളായി മാറി പഴയതും മുഴുവൻ മാറിപ്പോകുന്ന ചരിത്രങ്ങളൊക്കെ ഉണ്ട് എങ്ങനെ വന്നു അപ്പൊ കർത്തും അകർത്തും അന്യഥാവാകർത്തും ശക്ത ഭഗവാന്റെ നീതിമണ്ഡലത്തിൽ ചിലപ്പോൾ എന്തു ചെയ്യും കൃപ പ്രവർത്തിക്കുമ്പോ ഒരു ക്ഷണത്തിൽ അവരുടെ എന്തൊക്കെ അതാണ് ആയിരം വർഷമായി കൂടിയിരിക്കുന്ന കൂരി ഒരു തീപ്പെട്ടി ഉരച്ചാൽ അപ്പ ഇരുട്ട് മറിയെന്ന് പറയണ പോലെ നമ്മളുടെ അജ്ഞാനത്തിന് നമ്മൾ സെൽഫ് ജഡ്ജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല നമ്മളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന സർവശക്തന്റെ മേലെ അർപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ സാക്ഷാത്കാരം കിട്ടും എനിക്കതിനുള്ള യോഗ്യത ഉണ്ടോ ആ എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചേ ഇരിക്കുകയാണെങ്കിൽ ഇരുന്നുള്ളൂ നിങ്ങളുടെ യോഗ്യതയെ ആശ്രയിച്ചിട്ടാണ് ഭഗവാൻ നിങ്ങൾക്ക് ഭക്തിയോ അനുഭൂതിയോ തരാൻ പോണതെങ്കിൽ ഇപ്പോഴൊന്നും കിട്ടില്ല സാധ്യമേ അല്ല പിന്നെ എങ്ങനെ നമ്മളുടെ യോഗ്യത നമ്മളുടെ പവറൊക്കെ വെച്ചുകൊണ്ടാണെങ്കിൽ ഇവിടെ ഇരിക്കാം കൃപ എന്നൊന്നും ഉണ്ടെങ്കിൽ യാതൊരു കണക്കും നോക്കാതെ വേണം എന്ന് പറഞ്ഞോ കൊടുക്കാൻ തയ്യാറായിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും ജ്ഞാനം ഉള്ളില് പ്രകാശിക്കാം അപോഹനം ഉള്ളിലുള്ള വാസനകളൊക്കെ നീങ്ങിക്കിട്ടാം ചിത്തവൃത്തികളൊക്കെ അടങ്ങിക്കിട്ടാം അങ്ങനെയും പ്രയോജനപ്പെടും അപ്പൊ സർവസ്യ ചാഹം ഹൃതി സന്നിവിഷ്ടമൃതിഹി ജ്ഞാനം അപോഹനം ചെ ുള്ളിലെ സ്മൃതി എന്ന് പറയുന്നത് ബ്രെയിൻ സെന്റർ ജ്ഞാനം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനം കാരണശരീരം നിശേഷം നീങ്ങിക്കിട്ടുന്നത് അപോഹനം ഇങ്ങനെ വെക്കാം അല്ലെങ്കിലോ സാധാരണ അർത്ഥം പറഞ്ഞാൽ സ്മൃതി എന്നുള്ളത് ഓർമ്മ ജ്ഞാനം എന്ന് വെച്ചാൽ അറിവ് അപോഹനം എന്ന് വെച്ചാൽ മറഞ്ഞു പല കാര്യങ്ങളും നമുക്ക് മറവി എന്നുള്ളത് അനുഗ്രഹം ജീവിതത്തിൽ പല ദുഃഖങ്ങളും അനുഭവിച്ചു കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകുന്നു അത് വലിയ അനുഗ്രഹമാണ് നമുക്ക് തന്നെ ആശ്ചര്യം തോന്നുന്നു ഈ ദുഃഖമൊക്കെ ഞാൻ എങ്ങനെ മറന്നു ഇത്രയും വലിയ വൈഷമ്യങ്ങളൊക്കെ എങ്ങനെ മറന്നു നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിൽ അതിനെ തിരോധാന ശക്തി മറച്ചു ഉള്ളിൽ നിന്ന് മറച്ചു അപോഹനം ചെയ്യുന്നു അപ്പോ അങ്ങനെ ഒരു ശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്നു ഇതൊക്കെ എവിടുന്ന് വരുന്നു ഹൃദയത്തിൽ തന്നെ ഉള്ള ഹൃദയസന്നിവിഷ്ടായിട്ടുള്ള ഭഗവാനിൽ നിന്നും ഇതൊക്കെ പ്രവർത്തിക്കുന്നു നമ്മളുടെ ഉള്ളിൽ അപ്പോ ഈ പ്രവർത്തിയൊക്കെ നമ്മളിൽ കാണണ്ടല്ലോ അല്ലെ ഓർമ്മ കിട്ടുമ്പോൾ ഭഗവാൻ ഓർമ്മയുടെ രൂപത്തിൽ പ്രകാശിക്കണം ഭഗവാനിൽ നിന്നും ഓർമ്മ എന്ന കിരണം വന്നു മറവി വന്നാൽ അപ്പോഴും കുറ്റം പറയാൻ പാടില്ല ഒരിക്കലും നമ്മളെ പഴിക്കാനും പാടില്ല അഭിമാനിക്കാനും പാടില്ല ഴിക്കാനും പാടില്ല കാരണം എന്താ മറന്നുപോയാൽ ഭഗവാന്റെ ഇച്ഛ മറന്നുപോയി അത് ഓർമ്മ വെക്കേണ്ടതല്ല അതുകൊണ്ട് മറന്നുപോയി ഉള്ളിലിരിക്കുന്ന ആള് തീരുമാനിച്ചു അപോഹനം ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇൻസൈറ്റ് പ്രകാശിച്ചു ആ ഇൻസൈറ്റ് എവിടെ നിന്ന് വന്നു ഒരു ഉൾക്കാഴ്ച ഏതെങ്കിലും വസ്തുവിൽ കിട്ടിയാൽ അത് എവിടെ നിന്ന് വന്നു ഹൃദയത്തുനിന്ന് വന്നു ശാസ്ത്രജ്ഞന്മാരൊക്കെ കണ്ടുപിടിക്കണത് എങ്ങനെയാ അവര് എന്തൊക്കെയോ എന്തോ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ വേറെ എന്തെങ്കിലും കണ്ടെത്തും എവിടുന്നോ ഒന്ന് ഒരു ഒരു സ്പാർക്കുള്ളിൽ ഉണ്ടായി എന്തോ കണ്ടെത്തി അത് എവിടുന്ന് കിട്ടി അവർക്ക് തന്നെ അറിയില്ല മത്ത സ്മൃതിന് ജ്ഞാനം അപോഹനം ചെട്ടെ ഇത്രയും പറഞ്ഞു ഭഗവാൻ പറഞ്ഞു വേദൈശ്ച സർവൈ അഹമേവ വേദ്യ വേദങ്ങൾ കൊണ്ട് മുഴുവനും എന്നെയാണ് അറിയേണ്ടത് എന്നെ വെച്ചാൽ ഈശ്വരനെ പരമാത്മാവിനെ ആണ് അറിയേണ്ടത് വേറെ ഒരു വിധത്തിൽ പറഞ്ഞാൽ സുവ്യക്തമായി പറയണമെങ്കിൽ വേദൈശ്ശ സർവൈഹി എല്ലാ വേദങ്ങൾ കൊണ്ടും അഹം എന്നുള്ളത് സിംഗിൾ കൊട്ടേഷനിൽ ഇടാം വേദ സർവൈ അഹം എല്ലാ വേദങ്ങൾ കൊണ്ടും അറിയേണ്ടത് എന്താണ് ഞാൻ എന്നുള്ളത് എന്താണ് എന്ന് അറിഞ്ഞാ കഴിഞ്ഞു വേദങ്ങൾ മുഴുവൻ പഠിച്ച അവസാനം എന്ത് വേണം തന്നെ അറിയണം ിൽ അഭിന്ന വിളക്കെ അന്നും തന്നുൾ ആത്മപ്രകാശമേ അരുൾവിലാസമേ അഹവിനാശമേ ഇൻപ വികാസമേ അയ്യേ അതിസുലഭം ആത്മവിത്ത ഭഗവാൻ രമണ മഹർഷിയുടെ ഒരു അത്ഭുതമായ പാട്ടാണ് അദ്ദേഹത്തിന്റെ മുമ്പില് പഴയ ഒരു പാട്ട് പാടി ചില ഭക്തന്മാർ തമിഴിലുള്ള പ്രസിദ്ധമായ ഗോപാലകൃഷ്ണ ഭാരതി പാട്ട് അദ്ദേഹം യോഗവിദ്യകളെ കുറിച്ച് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് ഗോപാലകൃഷ്ണ ഭാരതി അയ്യേത്തം നന്ദനാർ ചരിത്രത്തിൽ വരും വളരെ കഠിനമാണെന്നാണ് ഈ യോഗം മൂലാധാരത്തെന്ന് ഈ കുണ്ടലിനീ ശക്തി കയറി ചെന്ന് ഓരോ ചക്രങ്ങളായി കടന്നു ചെന്ന് സഹസ്രാരത്തിൽ ചെന്ന് ജ്ഞാനമാവുന്ന പാലു കുടിക്കുന്നത് ആലോചിക്കുമ്പോ വളരെ കഠിനം എത്ര കഠിനം കഠിനം എന്ന് തോന്നാൻ കാരണം എന്താ നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ കാഠിനെ മുഴുവനും നമ്മൾ ഈ മൂലാധാരത്തെന്ന് പിടിച്ച് കയറ്റി സഹസ്രാരം വരെ കൊണ്ടുപോവാനുള്ള ശ്രമം നോക്കുമ്പോ പറ്റില്ലേ തന്നെ അപ്പോ അയ്യേ മെത്ത കഠിനം ഇത് മഹർഷിയുടെ മുമ്പിൽ ആരോ പാടിയപ്പോ മഹർഷിയുടെ വളരെ അടുത്തൊരു ഭക്തൻ മുരുകനാർ സ്വാമികൾ ആ പാട്ടിന് മറ്റൊരു ഈരടി കൊടുത്തു അയ്യേ അതിസുലഭം ആത്മവിദ്യയ്യേ അതിസുലഭം ഈ ആത്മവിദ്യ പോലെ സുലഭമായിട്ട് ഒന്നുമില്ല എന്താന്ന് വെച്ചാൽ അത് കൃപ കൊണ്ട് പ്രകാശിക്കണതാണേ ഹസ്താമലകം എന്ന് വേദാന്തികൾ പറയുന്നു ഹസ്താമലകം എന്ന് പറഞ്ഞാൽ പോലും തെറ്റിപ്പോവും കാരണം അതിനും നമുക്കും കുറച്ച് ദൂരമുണ്ട് ഇതോ സദാ രുചിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് നൊയ്യാർ തമക്കുമുളം കയ്യാമലകനി പൊയ്യായും കൈയിലുള്ള ഹസ്താമലകം പോലും കള്ളമായിട്ട് പോകുന്ന രീതിയിൽ സിദ്ധമായിരിക്കുന്നു ആത്മ ഊനുടല്ലി തൂവേം െനും നിലവേ നാനാ നിലവുകൾ സേരോർ നാരെനു മതാൽ നാൻ യർ ഇടം ഏതെന്റ് ഉൾപോനാൽ നിലവുകൾ പോയി നാ നാൻ എനു താനായി തികഴും ആത്മ ഇതുവേ മൗനമേ ഏകവാനമേ േ അതിസുല ഊനാർ ഉടൽ ഇതുവേ ഈ ശരീരം ഞാനാണ് എന്നുള്ള വിചാരം അത് മാറ്റി വെച്ച് നാനാ നിലവുകൾ നാറിനും അതാൽ അനേക വിചാരങ്ങൾ കൂടി ചേർന്നിരിക്കുന്ന നൂലുകൾ കൂട്ടിച്ചേർത്തും ഉണ്ടാക്കിയ പോലെ അനേക വിചാരങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരു പടമാണ് ഈ മനസ്സ് അതിലെ മുഖ്യമായ നൂല് ഞാൻ എന്നുള്ള അഹങ്കാരൂപത്തിലുള്ള നൂലാണ് അപ്പൊ ഈ അഹങ്കാരൂപത്തിലുള്ള നൂലിനെ പിടിച്ചാൽ ബാക്കിയൊക്കെ അറിയപ്പെട്ടു നാൻ ആർ ഇടം ഏതെന്ത് ഉൾ പോന്നാൽ ഈ അഹങ്കാരം എന്താണ് അത് എവിടുന്നു പൊന്തു അതിന്റെ മൂലസ്ഥാനം എന്ത് എന്ന് അന്വേഷിച്ചു കൊണ്ട് ഉള്ളിൽ ആഴ്ന്നു മുങ്ങുകയാണെങ്കിൽ ഈ ഞാൻ എന്നുള്ള അഹങ്കാരം പോയി താൻ താനായി ഗുഹയു തികഴും ആത്മജ്ഞാനമേ ഈ അഹങ്കാരം പോയി താൻ താനായി അഹം താൻ രണ്ടെണ്ണം ഉണ്ടല്ലോ മലയാളത്തില് എന്നുള്ളത് അഹങ്കാരത്തിന് വയ്ക്കാം താൻ എന്നുള്ളത് സ്വരൂപത്തിന് വയ്ക്കാം അതാണ് താൻ എന്നുറയ്ക്കുമളവ് അപ്പൊ താൻ താനായി തികഴും ആത്മജ്ഞാനമേ താൻ എന്നുള്ളത് ആത്മതത്വം പ്രകാശിക്കും ഇതുവേ മൗനമേ എന്നു ഇതാണ് മൗനം നാരായണ ഗുരുസ്വാമി പറഞ്ഞു മൗന ഘനാമൃതാബ്ദി എന്ന് പറഞ്ഞു ഘനീഭവിച്ച അമൃത സമുദ്രം പോലെയുള്ള മൗനം ഇതുവേ മൗനമേ ഏകവാനമേ ചിതാകാശ സ്വരൂപമാണ് ഇൻപസ്ഥാനമേ ആനന്ദ സ്വരൂപമാണ് അയ്യേ അതിസുലഭം അദ്ദേഹം തന്നെ പിന്നീട് ആ പാട്ട് തുടർന്നു കൊണ്ട് പറഞ്ഞു ഈ ഞാൻ ആര് എന്റെ സ്വരൂപം എന്ത് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ ഭിന്ന ഉയരുകളിൽ അല്ലെ അനേക ശരീരങ്ങളില് അഭിന്ന വിളക്കിനും അഭിന്നമായിട്ടുള്ളൊരു വിളക്ക് ഭിന്ന ഭിന്നമായിട്ടുള്ള ശരീരത്തിൽ അഭിന്നമായ ആ വിളക്ക് അതിനെ തന്നിൽ ഉണര് തന്നിൽ ഉണരുമ്പോ പ്രകാ അറിയുമ്പോ മിന്നും തന്നുൾ ആത്മപ്രകാശമേ തന്റെ ഉള്ളിൽ ആത്മപ്രകാശം മിന്നും മിന്നും തന്നു ആത്മപ്രകാശമേ എന്നിട്ട് ആ ആത്മപ്രകാശത്തിന് രണ്ട് വിശേഷണങ്ങൾ കൊടുത്തു അതാണ് അത്യത്ഭുതം അരുൾവിലാസമേ ആത്മാനുഭവത്തിന് മഹർഷി കൊടുത്ത വിശേഷണം അരുൾവിലാസം അരുൾവിലാസം എന്ന് വച്ചാൽ കൃപാനടനം എന്നർത്ഥം കൃപയുടെ ലാസ്യമാണ് അരുൾവിലാസമേ അതെങ്ങനെ ഉണ്ടായി അഹവിലാശമേ എന്നാണ് അഹങ്കാരത്തിന്റെ നിശേഷമായ ശമനം അസ്തമനം അഹങ്കാരം ശമിച്ച് ആ സുഷിരത്ത് നിന്ന് തന്നെ പ്രകാശിച്ചു അവിടെ നിന്ന് തന്നെ അരുൾവിലാസം ഉണ്ടായി ആനന്ദത്തിന്റെ ഒഴുക്കും ഉണ്ടായി ഇൻപ വികാസമേ ആനന്ദം വികസിച്ചു എന്നാണ് അയ്യേ അതിസുലഭം ഇത്രയധികം സുലഭമാണ് ആർക്ക് സുലഭം ഈ അരുൾവിലാസത്തിനെ അതാണ് അഹംസ്രോതസ് എന്നും പറഞ്ഞാൽ നമ്മൾ കൃപയുടെ ഒഴുക്ക് ഇതിനെ ഭക്തന്മാർ കൃപ എന്ന് പറയും ആ കൃപ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്താവുന്നു ഈ അഹംസ്രോതസ്സിനെ സ്പർശിച്ചു കഴിഞ്ഞാൽ ഈ വെറും തെറന്ന കണ്ണുകൊണ്ട് തന്നെ ഈശ്വര ദർശനം ചച്ചുറിയത അഞ്ജനസമ്പ്രയുക്തം എന്ന് ഭാഗവതം പറയുന്നു കണ്ണില് പ്രത്യേക ഒരു എന്താ പറയാ ഈ മന്ത്രം ഇതൊക്കെ ചെയ്തിട്ട് ഈ മഷിയിട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെ മണ്ണിന്റെ അകത്ത് കിടക്കുന്ന നിതികളൊക്കെ കാണാൻ കഴിയും അത്രേ അതുപോലെ വിദ്യകൾ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ ഈ ജ്ഞാനമാവുന്ന അഞ്ജനം എഴുതി കഴിഞ്ഞാൽ പുറമേക്ക് കാണുന്നതൊക്കെ ബ്രഹ്മമയം ഉം ദൃഷ്ടിയും ജ്ഞാനമയം കൃത്വ ബ്രഹ്മമയം ജഗത് ദൃഷ്ടിജ്ഞാനമയമാകുമ്പോ ജഗത്ത് ബ്രഹ്മമയം പരമാത്മ സ്വരൂപം അതിനെ തന്നെ അരുൾവിലാസം എന്ന് പറഞ്ഞു അപ്പോ അത് എപ്പ സംഭവിക്കുന്നു എങ്ങനെ സംഭവിക്കുന്നു ഹൃദയസ്ഥാനത്തിൽ ആദ്യം അനുഭൂതി ഉണ്ടാവണം അല്ലാതെ പുറമേക്ക് അനുഭൂതി ഉണ്ടാവില്ലേ അതാണ് ഹൃദയത്തിന്റെ കേന്ദ്രസ്ഥാനത്തിന് കാണിച്ചു തന്നു ഭഗവാൻ ഇപ്പോ വളരെ പ്രധാനമായ ഈ അദ്ധ്യായത്തിലെ ഏറ്റവും പ്രധാനമായ ഭാഗത്തിലേക്ക് കണക്കാണ് അപ്പോഴാണ് ഈ ശ്രീമൂ എന്താ ശ്രീകോവൽ തറക്കണോ പോലെ നട തുറക്കുന്ന പോലെയാണ് ഇപ്പോ സർവസ്യാഹം ഹൃദയ സന്നിവിഷ്ടുള്ളതിനെ മുഴുവൻ തന്നിലേക്ക് ഒതുക്കി ശരീരം ഇല്ലെങ്കിൽ ജഗത്തെ അറിയില്ല യോശാത്മകം അസ്തി ദേഹം തദ്നം ചകാസ്തി ദേഹം വിനാ പഞ്ചവിധം തദ്ദേശിക്കേവാ ഭുവനം ഭണന്തു ഈ പഞ്ചകോശാത്മകമായി ശരീരം കൂടാതെ ഭുവനത്തിനെ ആരും ഇതുവരെ കണ്ടിട്ടില്ല ലോകത്തിനെ ഈ പഞ്ചകോശാത്മകമായ ശരീരമില്ലാതെ ലോകത്തിനെ കണ്ടവർ ആരുണ്ട് അവിടെ പറയട്ടെ എന്നാണ് പശ്യന്തികേ വ ഭുവനം ഭണന്തു അപ്പൊ ഈ ശരീരത്തിലേക്ക് ആദ്യം വരണം നമുക്ക് റിയാലിറ്റി ആയിട്ട് ഇപ്പൊ നമുക്കുള്ളത് ദേഹമാണ് അപ്പൊ ദേഹത്തിൽ വൈശ്വാനനെ ആദ്യം കാണിച്ചു തന്നു പിന്നെ ദേഹത്തിലും എവിടെ അനുഭവിക്കുന്നു ദേഹത്തിലും സത്തയെ അനുഭവിക്കുന്നത് എവിടെയാ കയ്യെ കാലം ഒന്നും പിരിച്ചെടുത്തു നോക്കിയാ ഒന്നും കിട്ടില്ല അപ്പൊ കയ്യും കാലം ഒന്നും പിരിച്ചു നോക്കണ്ട ഹൃദയസ്ഥാനത്തിലേക്ക് വരിക ഹൃദയസ്ഥാനം എവിടെയാ ഞാനുണ്ട് ഞാനുണ്ട് ഞാനുണ്ട് ഒരു അനുഭവം ഉണ്ട് ആ അനുഭൂതി പിടിച്ചോളാം ആ അനുഭൂതിയാണ് ഹൃദയം ആ ഹൃദയം തന്നെ ഈശ്വരന്റെ സ്ഥാനം ഈശ്വരൻ എന്നിൽ ഞാനായിട്ട് ഇരിക്കണം പൂവിൽ തേൻ പോലെ ഈ ശരീരത്തിനകത്ത് ഹൃദയസ്ഥാനത്ത് അഹമഹം അഹമഹം എന്ന് സ്ഫുരിച്ചു കൊണ്ടിരിക്കും ഇത്രയും കാലം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അത്രയേ ഉള്ളൂ എന്തൊക്കെയോ ശ്രദ്ധിച്ചു ഭൂമി ഉരുണ്ടതാണെന്ന് പഠിച്ചു പരന്നതാണെന്ന് തർക്കിച്ചു അനന്തമായ സ്പേസിൽ അന്വേഷിച്ച് പലതും കണ്ടെത്തി സമുദ്രത്തിന്റെ അടിയിൽ പത്തായിരം അടി ചോട്ടിൽ ചെന്ന് ഡീപ്പ് സീ റിസർച്ച് നടത്തി പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ ചെയ്യുന്ന ആളെ പിടിവിട്ട് കളഞ്ഞു ഈ ചെയ്യുന്നവൻ ആരോ അവനെ മറന്നു കളഞ്ഞു ഇപ്പോ പറയുന്ന ഭഗവാൻ പറഞ്ഞ ഈ ചെയ്യുന്നവനെ ഒന്ന് ശ്രദ്ധിക്കും ശ്രദ്ധിച്ചാൽ മതി ഒന്നും ചെയ്യണ്ട അവിടെ ഒന്നും ചെയ്യാനും പറ്റില്ല ശ്രദ്ധ മാത്രം പേ അറ്റൻഷൻ അത്രേ ഉള്ളൂ ശ്രദ്ധയെ ശ്രദ്ധിക്കുന്നവനിൽ ശ്രദ്ധിപ്പിക്കുക ആ ശ്രദ്ധിക്കുന്നവൻ ആണ് അഹം നോക്കട്ടെ ആ വാക്ക് തന്നെ സംസ്കൃതത്തിൽ അത്ഭുതമാണ് നമ്മളുടെ അക്ഷരമാല മുഴുവൻ ആരംഭിക്കുന്നത് ആ എന്നാണ് ആ ആ ഇ അല്ലെ അവസാനിക്കുന്നതോ ഹ അടച്ചാൽ ആ ഹം ആ അടച്ചാൽ എല്ലാം അടങ്ങിയതിന് പ്രണവം പോലും ഈ പദത്തിൽ അടങ്ങുമെന്ന് ആചാര്യസ്വാമികൾ പറയുന്നു അകാര ഉറോ മകാരേ മകാര ഓംകാരേ ഓംകാരോ അഹമിയേ വലയമേശ അപ്പൊ ഈ അഹം എന്ന് പറയുന്നത് നിന്ദിക്കാനുള്ളതല്ല അത് അഹങ്കാര രൂപത്തിൽ ഇരിക്കുമ്പോഴാണ് ദുഃഖിപ്പിക്കുന്നത് ആ അഹങ്കാരത്തിനെ നിഷേധിച്ചതുകൊണ്ട് കാര്യമില്ല അന്വേഷിക്കാം ശുദ്ധ ബുദ്ധി കൊണ്ട് ഈ അഹങ്കാരം എന്താ എന്താണ് ഇവിടെ ഇങ്ങനെ കിടന്ന് നർത്തനം ചെയ്യുന്നത് അതെന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ വേദൈശ്ച സർവൈ അഹമേവേദ്യഴുവൻ പഠിച്ചാൽ അവസാന ഉപനിഷത്തിലേക്ക് വരും വേദം സൂക്തങ്ങളൊക്കെ ചൊല്ലി കർമ്മകാണ്ടൊക്കെ കഴിയുമ്പോ ചിത്തം ശുദ്ധമായാൽ ഇനി നമുക്ക് അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞ് തുടങ്ങും അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് തുടങ്ങിയാൽ അടുത്തതെന്താ ജന്മാദ്യ എങ്ങനെ പിരിക്കും രണ്ടു വിധത്തില് അല്ലേ ഭാഗവതക്കാരെ തന്നെ രണ്ടു വഴിക്ക് പിരിക്കുന്നുണ്ട് ജന്മ ജന്മാദി അസ്യ യഥാന്നാണ് സാധാരണ ഉള്ള ഭാഷ്യം വേറൊരു വിധത്തില് ജന്മ ആദ്യസ്യ യഥാ എന്ന് അത് നമ്മളുടെ അനുഭവ മണ്ഡലത്തിൽ നോക്കുമ്പോ ആദ്യം ഉദിക്കണത് എന്താ അഹങ്കാരം സുഷുപ്തിയില് ഒന്നുമില്ല സുഖമായി ഉറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോ ഞാൻ എന്ന് പൊന്തി പിന്നെയാണ് മനസ്സ് പതുക്കെ വിരിയണത് ശരീരം ഒക്കെ തോന്നണത് അപ്പൊ ഈ ആദ്യം എവിടുന്ന് ജനിച്ചു എവിടുന്ന് ജനിച്ചു പ്രപഞ്ചത്തിന് മുഴുവൻ അതാണ് അവ്യക്താ വ്യക്തയ സർവാഹ പ്രഭവന്തി അഹരാഗമേ രാത്രിയാകമേ പ്രളീയന് ഇത് മുഴുവൻ ലയിക്കുകയും പൊന്തുകയും ലയിക്കുകയും പൊന്തുകയും ചെയ്യുന്നു ആ പൊന്തിയത് എവിടുന്ന ആദ്യം ഉദിച്ച് അഹം എന്ന് പറഞ്ഞ് ഉദിച്ചു പ്രഥമ വികാരോഭവത്തി അഹങ്കാരാഹ ആ പ്രഥമ വികാരം എവിടെ ഉദിച്ചു ഹൃദയസ്ഥാനത്ത് ഉദിച്ചു അപ്പൊ ആദ്യം ഉദിക്കുന്ന ഈ പ്രഥമവികാരം ഈ പ്രഥമവികാരം എവിടെ നിന്ന് ഉദിച്ചുവോ ആ സ്ഥാനം ബ്രഹ്മം ആട്ടെ അപ്പൊ ബ്രഹ്മവിദ്യക്ക് വന്നു എല്ലാം വേദത്തിന്റെ അവസാനം എന്തു വന്നു ചുരുക്കി വന്ന് വേദാന്ത വരും വേദാന്ത വന്നാലും ബ്രഹ്മം എന്താണ് എന്ന് കുറെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ അന്വേഷിക്കും ബുദ്ധിയുടെ മണ്ഡലത്തിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞ് ബ്രഹ്മത്തിന്റെ ലക്ഷണം പറയും ബ്രഹ്മം എന്താണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയും ശുദ്ധമായ ഘനീഭവിച്ച പ്രജ്ഞയാണ് ബ്രഹ്മത്തിന്റെ ലക്ഷണം പ്രജ്ഞ എന്ന് വെച്ചാൽ എന്താ ആചാര്യസ്വാമികൾപ്രജ്ഞൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ വിവേക ചൂടാമണിയിൽ പ്രജ്ഞയ്ക്ക് വ്യാഖ്യാനം കൊടുത്തു പ്രജ്ഞ എന്താണ് പറഞ്ഞു പ്രജ്ഞ എന്നുള്ളത് എന്താണ് ബ്രഹ്മാത്മനോഹം ശോധിതം നിർവിക്തി ഭാഷ്യത്തിനേക്കാളും വ്യക്തതമാണവിടെ എന്താണ് പ്രജ്ഞള്ളതിന് ആചാര്യസ്വാമികളുടെ തന്നെ ഭാഷ്യമാണ് ബ്രഹ്മ ആത്മനോ ജീവനും ബ്രഹ്മവും ഇപ്പൊ ജീവൻ ജീവൻ എന്ന് അല്പമായി തോന്നുന്ന ഈ വസ്തു അഖണ്ഡ ചൈതന്യമായി അനുഭവപ്പെടുത്തി ഏകഭാവം ഇത് രണ്ടും ഒന്നാണെന്നുള്ള അനുഭവം ഉണ്ടാക്കുന്ന ഒരു അതൊരു മെൻറ്റേഷൻ അല്ല അത് വെറും ചിത്തവൃത്തിയല്ല ചിത്തവൃത്തികളിൽ നിന്ന് അതിനെ വേർപിരിക്കാനായിട്ട് അതുകൊണ്ട് ബ്രഹ്മം ആത്മാ എന്നൊന്നും പറഞ്ഞ് ധ്യാനിച്ചാ കിട്ടില്ലാന്നാണ് അപ്പൊ കൃപ കൊണ്ട് ഏർപ്പെടുന്ന വൃത്തിപ്രവാഹം അതിന്റെ ലക്ഷണം എന്താ നിർവികൽപ്പ അതിൽ രണ്ട് എന്നുള്ള അനുഭവമേ ഇല്ലാത്ത വികൽപ ലേശസ്പർശം പോലും ഇല്ലാത്തതും ചിത് സ്വരൂപമായ വൃത്തി ചൈതന്യസ്വരൂപമായ വൃത്തി അതിനെ പ്രജ്ഞ എന്ന് പറയണം അത് ദൃഢമായി അതായത് അതിന്റെ സ്വരൂപം എന്താ അത് ആനന്ദ സ്വരൂപമാണ് ചൈതന്യ സ്വരൂപമാണ് ശാന്തിയെ സ്വരൂപമാണ് അത് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന സ്ഥിതി ഉം അതിനെയാണ് പ്രജ്ഞ സ്ഥിരപ്രജ്ഞൻ എന്നൊക്കെ അപ്പൊ ആ നിറഞ്ഞു നിൽക്കുന്ന ഘനീഭവിച്ച ആ ശാന്തി പ്രജ്ഞ അത് ബ്രഹ്മത്തിന്റെ ലക്ഷണമാണ് എന്നു ശ്രുതി പറഞ്ഞു ആ പ്രജ്ഞയെ എവിടെ അന്വേഷിക്കും എവിടെ അന്വേഷിച്ചു കിട്ടും എന്ന് ചോദിച്ചാൽ അതിനുള്ള സൂചനയാണ് രണ്ടാമത്തെ മഹാവാക്യം കൊണ്ട് അഹം ബ്രഹ്മ ആദ്യം പ്രജ്ഞാനം ബ്രഹ്മെന്ന് പറഞ്ഞുവല്ലോ ആ പ്രജ്ഞാനത്തിനെ എവിടെ അന്വേഷിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള അഹത്തിലെ അന്വേഷിക്കും അതിനാണ് പരീക്ഷയത്തിന് രണ്ടു വിധത്തിലും പറഞ്ഞു കൊടുത്തത് അഹം ബ്രഹ്മ പരംധാമ ബ്രഹ്മ അഹം പരമം പദം അങ്ങനും ഇങ്ങോട്ടും ഇടുക ഈ അഹം വളരെ പ്രധാനമാണ് അവിടെ ആ അഹത്തില് അന്വേഷിക്കും അഭിമാനവൃത്തിയല്ല അത് വളരെ സൂക്ഷിക്കണം അഭിമാന വൃത്തിയായാൽ കുഴപ്പമായി പോകും അഭിമാനവൃത്തിയല്ല അഹം അഹമഹെന്ന് ഏതൊന്നും ഉണ്ടോ അതിനാണ് വിവേക ചൂടാമണിയിൽ മറ്റ് ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയത് പ്രകൃതി വികൃതി ഭിന്ന ശുദ്ധ ബോധസ്വഭാവ വിലസതി പരമാത്മാ പരമാത്മാവ് തന്നെ പ്രകാശിക്കുന്നു അഹമഹം എന്ന് പറഞ്ഞു അപ്പൊ ആ അഹത്തിലെ ബ്രഹ്മമാണ് നിങ്ങളുടെ ഉള്ളിൽ അഹമെന്ന് അടൈം അപ്പൊ ഉള്ളിൽ അനുഭവിച്ചു അനുഭവിച്ചു കഴിഞ്ഞപ്പോ തത്വമസി അത് തന്നെയാണ് ഈ ത്വം പദമായിട്ടും മൂന്ന് മണ്ഡലത്തിലാണല്ലോ നമ്മളുടെ അനുഭവം അഹം ത്വം സഹ അല്ലേ പ്രഥമ പുരുഷൻ മധ്യമപുരുഷൻ ഉത്തമപുരുഷൻ മൂന്നിനെയും വ്യാപിപ്പിച്ചു മഹാവാക്യം കൊണ്ട് അഹം ബ്രഹ്മാസ്മി തയം ആത്മാ ബ്രഹ്മ ഓരോരുത്തരുടെ ഉള്ളിലും പ്രകാശിക്കുന്ന അഹംബോധം ബ്രഹ്മമാണ് അത് ഈശ്വരനാണ് അത് ചൈതന്യമാണ് സകലപഥപ്രാണികളുടെ ഉള്ളിലും പരമാത്മാ തന്നെ ആത്മാവായി കുടികൊള്ളുന്നു അപ്പോ വേദൈശ സർവൈരഹമേവ വേദ്യോ വേദങ്ങളുടെ മുഴുവൻ സാരം എന്താണ് ശ്രുതികളിൽ വരുമ്പോ മഹാവാക്യമാണ് മഹാവാക്യം മഹാവാക്യം എവിടെ പ്രകാശിക്കുന്നു വേദാന്തത്തിൽ അതാണ് വേദാന്തകൃത്ത് എന്ന് ഭഗവാൻ പറഞ്ഞു വേദാന്തം ഉണ്ടാക്കിയത് ഞാൻ എന്നുവെച്ചാലോ എപ്പൊ ഏത് ഏത് ശാസ്ത്രം ജ്ഞാനം വേണോ അപ്പപ്പോ അതത് പ്രകാശിപ്പിക്കും നമ്മൾ വിചാരിക്കുന്നു നമ്മളുടെ സ്വേച്ഛയാണ് അവിടെ ഗീതാ പ്രഭാഷണത്തിന് വന്നിരിക്കണതെന്ന് സാധ്യമല്ല ഭഗവാൻ ഓരോരുത്തരെ അപ്പപ്പോ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തുകയാണ് ശ്രവണായ ശൃവന്തോ വിദ്യു ആശ്ചര്യോ വക്തലോസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശലു ശ്രവിക്കാൻ പോലും സാധ്യമല്ല എന്നാണ് ഭഗവാന്റെ ഇച്ഛയില്ലെങ്കിൽ ശ്രവിക്കാൻ പോലും സാധ്യമല്ല ഇപ്പൊ വേദാന്തം കേൾക്കാനായോ വേദാന്തത്തിന് കൊണ്ടുപോയി നിർത്തും ഏയ് മനസ്സിലാവണില്ലല്ലോ സ്വാമി അദ്ദേഹമാണ് കൊണ്ടുവന്നിരുത്തണമെങ്കിൽ മനസ്സിലാവണ്ടേ മനസ്സിലാവണില്ലല്ലോ എന്ന് വെച്ചാൽ മനസ്സിലാവാതിരിക്കണതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ക്ലാസ് രണ്ടാമത്തെ ക്ലാസ് എന്താ തെറ്റിദ്ധരിക്കുക മൂന്നാമത്തെ ക്ലാസ് എന്താ മനസ്സിലാക്കുക ആദ്യത്തെ ക്ലാസ് മനസ്സിലാകായ്മയല്ല ആദ്യത്തെ ക്ലാസ് ഉറങ്ങുകയാണ് ഏതാമത്തെ ക്ലാസ്സിൽ വന്നിരുന്ന് ഉറങ്ങും രണ്ടാമത്തെ ക്ലാസ് തെറ്റിദ്ധരിക്കും മൂന്നാമത്തെ ക്ലാസ് മനസ്സിലാക്കും നാലാമത്തെ ക്ലാസ് അനുഭവിക്കും ും പ്രഭാഷണം നടക്കുന്ന സ്ഥലത്തും ഉണ്ടാവും നാല് ക്ലാസ്സിലുള്ളവരും ഉണ്ടാവും അപ്പോ വേദാന്തത്തിനെ പൊന്തിച്ചു കൊണ്ടുവന്നതും ഭഗവാനാണ് ആചാര്യസ്വാമികൾ ഗീതാഭാഷ ആരംഭിക്കുമ്പോഴേ പറയുന്നു സ ഭഗവാൻ സൃഷ്ടിവേദം ജഗത് ഈ ജഗത്തിനെ സൃഷ്ടിച്ച് പ്രവൃത്തിധർമ്മം ഗ്രാഹയാമാസ വേദോക്തം പ്രവൃത്തിധർമ്മം നിവൃത്തിധർമ്മം രണ്ടെണ്ണം പിരിച്ചു ഒന്ന് വേദത്തിലെ കർമ്മകാണ്ഡവും മറ്റും ഒക്കെ ആക്കിയിട്ട് അത്രീ മരീചി മുതലായിട്ടുള്ള ഈ ഇവർക്കൊക്കെ പ്രജാപതികൾക്കൊക്കെ പ്രവൃത്തിധർമ്മത്തിനെ ഉപദേശിച്ച് നിവൃത്തിധർമ്മത്തിനെ സനകസനന്ദനാദികൾക്ക് ഉപദേശിച്ചു എന്നാണ് അപ്പൊ എന്താ വേദാന്ത പ്രവൃത്തി നിവൃത്തിധർമ്മങ്ങളൊക്കെ അവരവർക്ക് ഉപദേശിച്ചു കൊടുത്തതും അദ്ദേഹം തന്നെ അപ്പൊ ഈ വേദം എന്ന് വച്ചാൽ എന്താ ആത്മാനുഭവമാണെന്നാണ് അപ്പൊ വേദത്തിനെ അറിഞ്ഞവൻ ആരുണ്ട് അവിടെ വേദവിതേവച്ഛ അഹം ആണ് വേദത്തിനെ അറിഞ്ഞവന് ഞാനാണ് അപ്പൊ നമുക്കൊക്കെ അറിയാൻ പറ്റുമോ നമുക്കറിയാൻ പറ്റില്ല നമുക്കറിയാൻ പറ്റില്ല അപ്പൊ ചില ഋഷികളൊക്കെ പറഞ്ഞുവല്ലോ വേദാഹം പുരുഷം മഹാന്തം എന്ന് പറഞ്ഞുവല്ലോ ഞങ്ങൾ ആ പരമപുരുഷനെ അറിയുന്നു എങ്ങനെ പറഞ്ഞു അവര് സ്വയമേവ ഭഗവത് സ്വരൂപികളായി ഇരുന്നു കൊണ്ടാണ് എന്നുവെച്ചാലോ അറിയാൻ പറ്റും പക്ഷെ അറിഞ്ഞവനായിട്ട് നിൽക്കാൻ പറ്റില്ലാന്ന് അത്രേ ഉള്ളൂ രാമകൃഷ്ണ പരമംശര് പറയണു സമുദ്രത്തിന്റെ ആളോ അഴക്കാൻ ആളാന്ന് എടുക്കാനായിട്ട് പുറപ്പെട്ടു സമുദ്രത്തിന് എത്ര ആഴം ഉണ്ടെന്ന് കോലു എടുത്തോണ്ട് ഇറങ്ങി വരുവോ രുവോ കാണാൻ പറ്റുമോ അതുപോലെ വ്യക്തിക്ക് അഖണ്ഡത്തിൽ ചെന്നിട്ട് പിന്നെ വ്യക്തിയായിട്ട് തിരിച്ചു വന്ന് പറയില്ല പിന്നീട് വന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വ്യക്തിയല്ല അതാണ് നമ്മൾ ആന ഒഴുങ്ങിയ പാമ്പഴം എന്ന് പറഞ്ഞത് അത് വ്യക്തിയല്ല പിന്നെ എന്താണോ ഭഗവാനെ കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല ദിവ്യം ദദാമിത ചക്ഷസു എന്ന് പറഞ്ഞല്ലോ ഈ ചക്ഷുസു കൊണ്ട് കാണാൻ പറ്റും പിന്നെ എങ്ങനെ കാണാം ഭഗവാന്റെ കണ്ണുകൊണ്ട് ഭഗവാനെ കാണാം ഭഗവാന്റെ ചെവി കൊണ്ട് ഭഗവാനെ കേൾക്കാം ഭഗവാന്റെ മൂക്ക് കൊണ്ട് ഭഗവാനെ മണക്കാം ഭഗവത് സ്വരൂപമായി ഇരുന്നുകൊണ്ട് അതാണ് അനന്യനായിട്ട് നിന്ന് അനുഭവിക്കാൻ പറ്റില്ല എന്നാണ് അനന്യനായിട്ട് നിന്ന് വേണം അനുഭവിക്കാൻ അന്യനായിട്ട് നിന്നുകൊണ്ട് അനുഭവിക്കാൻ സാധ്യം അപ്പോ വേദത്തിനെ അറിഞ്ഞവൻ ആരുണ്ട് വേദപുരുഷനായ ഭഗവാൻ തന്നെ അപ്പൊ ജ്ഞാനികൾ അറിഞ്ഞു എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ഭഗവാനെ ഉള്ളു ആചാര്യസ്വാമികൾ പറഞ്ഞു ദേഹീവ ദൃശ്യത്തെ അസൗ പരന്വസൗ കേവലോ ഹി ആത്മാ ദേഹമുള്ളവനെ പോലെ കണ്ടാലും അവൻ ദേഹമുള്ളവനല്ല കേവലോഹി ആത്മ അവൻ ആത്മസ്വരൂപിയാണ് ചൈതന്യസ്വരൂപിയാണ് തന്നെ നിൽക്കുന്നു അപ്പൊ വേദവിത് എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ ഇനിയും വളരെ പ്രധാനമായിട്ടുള്ള ടോപ്പിക് പുരുഷോത്തമ യോഗം എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ ഈ അധ്യായത്തിന് ആ പുരുഷോത്തമൻ ആരാണ് ഇപ്പോ ഹൃദയത്തിൽ വർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഹൃദയത്തിൽ വർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ പലരും പറയും സ്വാമി ഇപ്പൊ ഹൃദയം ഹൃദയം പറഞ്ഞപ്പോ എനിക്ക് എന്താ അറിയാം ഈ ഞാൻ ആരാ ഞാൻ എന്താ അപ്പുക്കുട്ടി രാമൻ കൃഷ്ണൻ എന്തെങ്കിലുമൊക്കെ പേര് പറയും രാധ എന്തെങ്കിലും സുശീല എന്തെങ്കിലുമൊക്കെ പേര് അവരവരുടെ പേരൊക്കെ പറയും അത്രയും സ്ഥൂലമാണെങ്കിൽ അങ്ങനെ ഒരു ഞാനുണ്ട് അല്ലെ ഈ ഞാൻ തന്നെ പല മണ്ഡലത്തിൽ നിൽക്കണം ജനറലായിട്ട് ലോകത്തിൽ രണ്ട് അഹത്തിനെ ഭഗവാൻ പിരിച്ചു പറഞ്ഞു അത് ഗീതയൊന്നും പഠിച്ചിട്ടില്ലാത്തവർ പോലും അതിനെ കണ്ടെത്തുന്നുണ്ട് ഞാൻ ഇന്നലെ പീസ് പിലിഗിറമിന്റെ കഥ പറഞ്ഞുവല്ലോ അവരും അവരുടെ പുസ്തകത്തിൽ സ്വാനുഭവത്ത് പറയുന്നു ലോവർ സെൽഫ് ആൻഡ് ഹയർ സെൽഫ് എന്ന് അവരും പറയുന്നു അത് എവിടെ നിന്ന് വന്നു ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിലും ഉള്ളതാണ് ഇതിനൊന്നും പുസ്തകമൊന്നും വേണ്ട ഇനി ഉള്ളിൽ കണ്ടവർക്ക് ഇതിലും കണ്ടാൽ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്യാഖ്യാനം എഴുതും ലോചനാഭ്യാം വിഹീനസ്യ ദർപ്പണക്യം കരിഷ്യതി യശനാസ്തി സ്വയം പ്രജ്ഞ ശാസ്ത്രം തസ്യ കരോതിക്കും ലോചനാഭ്യാം വിഹീന ദർപ്പണഹ്യം കരിഷ്യതി ആർക്ക് സ്വയം പ്രജ്ഞയില്ലോ അവന് ശാസ്ത്രം എന്ത് ചെയ്യും കണ്ണില്ലാത്തവന് മുമ്പിൽ കണ്ണാടി കാണിച്ചിട്ട് നോക്കൂ നോക്കൂന്ന് പറഞ്ഞാൽ എന്ത് നോക്കിയിട്ട് എന്ത് കാണും അപ്പോ സ്വാനുഭവത്തിനെ ഓ ശരിയാണ് ഞാൻ അനുഭവിച്ചത് ഇതാണെന്ന് കണ്ടുപിടിക്കാനാണ് ഇപ്പൊ ശാസ്ത്രം അപ്പാട്ടെ ഇപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്ന ഈ രണ്ട് പുരുഷന്മാർ അതും നമ്മൾ ഇപ്പൊ ഏകദേശ രൂപത്തിൽ നമ്മൾ ഉൾക്കാഴ്ച ഉണ്ടെങ്കിലും നമുക്ക് പിടിക്കട്ടും ഇനി ഭഗവാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതാണ് അല്പം സാധനയും ഉണ്ടെങ്കിൽ ഗീതാധ്യയനം പൂർണമാവും അല്ലാതെ മറ്റ് ശാസ്ത്രങ്ങൾ പോലെ നമുക്ക് വെറുതെ പഠിച്ചിട്ട് മനസ്സിലാക്കിക്കളയാൻ സാധ്യമല്ല കുറച്ച് അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ കുറച്ചൊക്കെ ഒരു അന്തർമുഖത വേണം അല്പമൊക്കെ ഉള്ളിൽ ശ്രദ്ധിച്ചു തുടങ്ങണം ചിത്രവൃത്തികളെ ശ്രദ്ധിച്ചു തുടങ്ങണം നാമം ജപിച്ചു തുടങ്ങണം ഭഗവാനെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കിത്തരണം എന്ന് പ്രാർത്ഥിക്കണം ഭഗവാനോ ഉള്ളിൽ നിന്ന് ഉള്ളു പ്രാർത്ഥിക്കണം എനിക്ക് അനുഭൂതി ഉണ്ടാവട്ടെ ആ സത്യം എനിക്ക് തെളിഞ്ഞു കിട്ടട്ടെ ഓരോ ഉപനിഷത്തുകളും എടുത്തു നോക്കുക ആചാര്യന്മാരും ശിഷ്യന്മാരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്ക ബ്രഹ്മം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞു പ്രകാശിക്കട്ടെ ആ സത്യം ഞങ്ങൾക്ക് അനുഭൂതിയിൽ വരട്ടെ എന്നൊക്കെ അപ്പൊ ആ ഒരു പ്രാർത്ഥന ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇനി പറയാൻ പോണ കാര്യങ്ങളൊക്കെ നമുക്ക് പിടികിട്ടിത്തുടങ്ങാം നോക്കാം അടുത്ത ശ്ലോകം ശരസ്ാക്ഷരേ കര സർവാണി ഭൂതസ്ര ഉച്ച ദ്വാമൗ പുരുഷ ലോകക്ഷരശാക്ഷരേ കര സർവാണി ഭൂതസ്ഥോക്ഷര ഉച്ച ആലോചിക്കുംതോറും ആഴമേറി വരും ഇനിയുള്ള ഭാഗങ്ങളൊക്കെ രണ്ട് പുരുഷന്മാരുണ്ട് എന്ന് വെച്ചാൽ രണ്ട് ജീ രണ്ട് ഞാനും ഉണ്ട് എന്നാണ് ഇപ്പൊ പറയണത് ഭഗവാൻ ലോകത്തിൽ രണ്ട് ഞാനുണ്ട് രണ്ട് പുരുഷന്മാരുണ്ടെന്ന് വെച്ചാൽ രണ്ട് പുരുഷന്മാർ എവിടെയോ എടുത്ത് ഇരിക്കണമെന്ന് വിചാരിക്കരുത് രണ്ട് ഞാനുണ്ട് ഇപ്പൊ ഇവിടെ പുരുഷ ശബ്ദത്തിനൊക്കെ കാണാർത്ഥം ദ്വാഭിമു പുരുഷവും ഒന്ന് ക്ഷരം ഒന്ന് അക്ഷരം കേരളത്തിലൊക്കെ ഇപ്പോ സാക്ഷരന്മാരാണ് അല്ലേ അ സാക്ഷരത ഏറ്റവും ഉണ്ട് എന്നാണ് നമ്മൾക്ക് എപ്പം സാക്ഷര എഴുതിയിട്ട് അവിടെ നിങ്ങോട് വായിക്കൂ രാക്ഷോകമുണ്ട് സർവാക്ഷരൂ നിരക്ഷരകുക്ഷിയാണെങ്കിലും ആരുടെ ഹൃദയത്തിൽ ഭഗവാൻ പ്രകാശിക്കുന്നു അവൻ അക്ഷരത്തോട് കൂടിയവനാണ് അക്ഷരം എന്ന് വെച്ചാൽ നശിക്കാത്തത് എന്നർത്ഥം നക്ഷര തീത്തി അക്ഷരം സർവാക്ഷരോപി എല്ലാം പഠിച്ചവനാണെങ്കിലും ആരുടെ ഹൃദയത്തിൽ ഭഗവാൻ പ്രകാശിക്കുന്നില്ലയോ അവൻ നിരക്ഷരനാണ് അവനെ അക്ഷരം നശിക്കാത്ത വസ്തുവിനെ അവൻ പിടിച്ചെടുത്തിട്ടില്ല യമണ മഹർഷിയുടെ അടുത്ത് ഒരു ഭക്തൻ ഒരു നോട്ട് ബുക്ക് കൊണ്ട് സ്വാമി എന്തെങ്കിലും എഴുതി തരുമോ അപ്പൊ എന്താ എഴുതാനുള്ളത് ഒന്നുമില്ല എന്തെങ്കിലും എഴുതി തരൂ ഒരു ശ്ലോകം എന്തെങ്കിലും എഴുതി തരൂ ഈ ഒന്നും എഴുതാനില്ല ഒരു അക്ഷരമെങ്കിലും എഴുതി തരൂന്ന് പറഞ്ഞു മഹർഷി അതിലൊരു മുക്തകം ഒരു പകുതി ശ്ലോകം എഴുതി ഏകമക്ഷരം ഹൃദിനിരന്തരം ഭാസത്തെ സ്വയം ലിഖ്യത്തെ ക്ഷരം ഹൃതി നിരന്തരം ഭാസത്തെ സ്വയം നശിക്കാത്തതായ നാശമില്ലാത്തതായ ആ പരമാനന്ദ വസ്തു നിരന്തരം എപ്പോഴും ഹൃദി ഹൃദയത്തില് ഭാസത്തെ പ്രകാശിക്കുന്നു അതിനെ എങ്ങനെ എഴുതും എന്നാണ് അതിനെങ്ങനെ എഴുതാൻ പറ്റും എഴുതി എങ്ങനെയെങ്കിലുമൊക്കെ തരാൻ പറ്റുമോ അതിന് ലിഖ്യത കഥ അതിനെങ്ങനെ എഴുതും അട്ടെ അപ്പൊ അക്ഷരം അക്ഷരം ഇതാണോ വാക്ക് ക്ഷരം നശിക്കുന്നത് അക്ഷരം നശിക്കാത്തത് ഇത് രണ്ടും ലോകെ ലോകേന്ന് വെച്ചാൽ നമ്മൾ ലോകം എന്ന് വെച്ചാൽ കാണുക എന്നാണ് അർത്ഥം നമ്മൾ കാണുന്നതാണെന്നോ ലോകം അല്ലെ നമുക്കിപ്പോൾ നമ്മളുടെ ലോകം എന്താ അതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന നമ്മളുടെ കുടുംബം നമ്മളുടെ വീട് ഉള്ളിലും പുറത്തും ഒക്കെ പല ലോകവും കാണുന്നു നമ്മളുടെ ബന്ധങ്ങൾ ആസക്തികളോടുകൂടിയ ഒരു ലോകം ഉള്ളില് പുറമേക്കുള്ള ലോകം ഇങ്ങനെ ലോകം അത് ലോകത്തിൽ നമ്മളുടെ അനുഭവ മണ്ഡലത്തിൽ രണ്ട് പുരുഷന്മാരുണ്ട് ഒന്ന് ക്ഷരപുരുഷൻ ഒന്ന് അക്ഷരപുരുഷൻ ക്ഷരശ് അക്ഷര എന്നിട്ട് ഭഗവാൻ വ്യാഖ്യാനം ചെയ്യുന്നു ആരാണ് ക്ഷരം ക്ഷര സർവാണിഭൂതാനി സർവാണി ഭൂതാനി എന്ന് വെച്ചാൽ ശരീരത്തിനോട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന ആ പുരുഷനുണ്ടല്ലോ അത് ക്ഷരം നശ്വരമാണോ ചത്തുപോകും അല്ലേ ഇവിടെ കുറച്ചു കാലം ജീവിച്ചാൽ നമ്മളുടെ വാസ്തവികത എന്താപ്പോ ശരീരമാണ് ഞാനെങ്കിൽ ഇവിടെ ഒന്നും കാര്യമില്ല ഒക്കെ നശ്വരമാണ് ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാം നശ്വരം എല്ലാം നശ്വരം നമ്മൾ പറയുന്നത് ശരീരത്തിനെ താനെന്ന് കരുതിയിരിക്കുന്നവന് മരണം ഉറപ്പണം അയാൾക്ക് അയാള് നശിച്ചു പോകും അയാളുടെ ബന്ധുക്കൾ നശിച്ചു കൂടെയിരിക്കുന്നവരും മരിച്ചു എല്ലാം വിട്ടുപോകും അപ്പൊ സർവാണി ഭൂതാനി ക്ഷരഹ കാണപ്പെടുന്ന വസ്തുക്കളൊക്കെ തന്നെ ക്ഷരമാണ് ഒക്കെ നശ്വരമാണ് ലോകം എന്ന് നമ്മൾ മുമ്പിൽ കാണുന്നതുണ്ടല്ലോ അത് അനസ്യൂതം നശിച്ചു കൊണ്ടേയിരിക്കണം നമ്മളുടെ എല്ലാം അപ്പോ കാണപ്പെടുന്ന വസ്തുക്കളും കേൾക്കപ്പെടുന്ന വസ്തുക്കളും നമ്മളുടെ ശരീരമടക്കം ഉള്ള ഈ ഞാൻ ജീവരൂപത്തിലുള്ള ഈ ഞാൻ ഈ വ്യക്തിബോധമാകുന്ന ഈ ഞാൻ ഇതിപ്പോ സുഷുപ്തിയിലേ പോണല്ലോ പിന്നെ ഇതിനെങ്ങനെ വിശ്വസിക്കും അപ്പോ നശ്വരമാണ് ക്ഷര സർവാണിഭൂതാനി ഇത് ക്ഷരപുരുഷൻ നമ്മളുടെ ഈഗോ കുറച്ച് ചുരുക്കി പറഞ്ഞാൽ ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ നമ്മളുടെ ഈഗോ ആണ് ക്ഷരപുരുഷൻ അത് മാറിക്കൊണ്ടേയിരിക്കും അല്ലേ എത്ര ലോവർ സെൽഫ് അതാണ് എനിക്ക് വേണം എന്റെ ലോകം എന്റെ ജീവിതം മമാ മമാ മമാ അപ്പൊ എന്താവും മരിച്ചു പോവും നീലകണ്ഠ ദീക്ഷിതർ പറഞ്ഞു ധാരാ ഇമേ മേ തനയാ ഇമേ മേ ഒരാള് എൻറെ എൻ്റെ എന്റെ എന്ന് പറഞ്ഞു അത്രേ അപ്പൊ അയാളിനെയും ഒരാടിനെയും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആടും മേ മേ നിലവിളിക്കണം അപ്പൊ ഇയാളോട് ഇയാൾക്ക് ഇയാള് വലിയ പണക്കാരൻ ദിവസം വന്നു കഴിഞ്ഞാൽ തുടങ്ങിക്കളയും നീലകണ്ഠ ദീക്ഷിതർക്ക് ബോറടിച്ചു പോയി ദിവസം വന്ന് ഇരുന്നിട്ട് പറയും എന്റെ മകനുണ്ടല്ലോ ദുബായിൽ ജോലി കിട്ടി മരുമകളും ജോലിക്ക് പോണ്ട് രണ്ടുപേര് ചേർന്ന ഇങ്ങനെ വല്ല വർത്തമാനമല്ലേ ഉള്ളൂ ഇങ്ങനെ തുടങ്ങിക്കളയും ദിവസം തുടങ്ങിക്കളയും അപ്പോ കേട്ടും അടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു ധാരായിമേ മേ തനയായി ഗൃഹായിമേ മേ പശവശമേ മേ ഏവം നരോ മേഷ സമാനധർമ്മ ീത മനുഷ്യൻ ഈ മേഷസമാനധർമ്മ ആടിനെ പോലെ നിലവിളിച്ച ആടിനെ കുറുക്കനോ പുലിയോ ഒക്കെ പിടിച്ചോണ്ട് പോകണ പോലെ ഇയാളെ അവസാന യമൻ ആകുന്ന മൃഗം വന്ന് പിടിച്ചോണ്ട് പോകും അപ്പോ നശ്വരം ഈ അഹങ്കാരത്തിന് ബലൂൺ പോലെയാണ് അതിന് വാസ്തവസ്ഥിതിലേ ഒരു സൂര്യ കൊണ്ട് കുത്തിയാമതി പൊട്ടും അതിനെപ്പോഴും ടാമ്പറിങ് ലോകത്തിലുള്ളത്തോളം നമ്മള് ഈ അഹങ്കാരത്തിന് മാലയണീച്ച് പൊട്ടുതൊടിയിച്ച് അതിന് മേക്കപ്പ് ചെയ്ത് അതിനെയും കൊണ്ടാണ് നടക്കുന്നത് ലോ ശോക അഭിമാനഗ്രസ്തം ആചാര്യ സ്വാമികൾ ഗജഗോവിന്ദത്തിൽ പറഞ്ഞു ലോകം അഭിമാനഗ്രസ്തം എന്നാണ് അഭിമാനമാണ് നമുക്ക് സമൂഹത്തിൽ മുഴുവൻ അഭിമാനത്തിനെയും വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അഭിമാനമില്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല അഭിമാനത്തോടു കൂടിയാണ് ലോകത്തിലുള്ള ജീവിതം ഈ അഭിമാനിക്കുന്ന ഈ അഹമുണ്ടല്ലോ അഹം പരമാർത്ഥികത്തിലേക്ക് പ്രയോജനപ്പെടില്ല അത് നശ്വരമാണ് അത് എന്തൊക്കെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും ഇപ്പൊ സമൂഹത്തിൽ നിൽക്കണമെങ്കിൽ പലതും വേണം ഒന്നും ഒന്നും ഒരു സെൽഫോ ഇപ്പൊ എല്ലാവർക്കും ഉണ്ട് അല്ലേ അത് എന്തിനാ വേണം എന്ന് വെച്ചിട്ടാണോ എല്ലാവർക്കും ആവശ്യമുണ്ടോ ഇത് ഇല്ലാതെ നമ്മൾ ജീവിച്ചില്ലേ എന്താ അത് ഇല്ലെങ്കിൽ മോശമല്ലേ സ്വാമി നിങ്ങൾ എന്താ പറയണം നടക്കുന്ന നായുടെ വാലില് പോലും ഒന്നുണ്ട് എല്ലാര്ക്കും ഉണ്ട് അത് ഇല്ലെങ്കിൽ പറ്റില്ല എന്നാണ് എന്താപ്പോ അഭിമാനമാണ് പലർക്കും വലിയ ഓഫീസിൽ ജോലി ചെയ്യുന്നു അവർക്ക് കൂടാതെ കഴിയിലേ പോട്ടെ സകല പേർക്കും വേണം സകല പേരുടെ കയ്യിലും ഉണ്ട് ആരെങ്കിലും ഒക്കെ എടുത്തു പറഞ്ഞാൽ അവർക്ക് കുഴപ്പം തോന്നും അതുകൊണ്ട് സകല പേരുടെ കയ്യിലും ഉണ്ട് എന്തിനാ അഭിമാനമാണ് പലപ്പോഴും ഇതുപോലെ അഭിമാനം ഇല്ലാത്ത ആവശ്യങ്ങളെയൊക്കെ നമുക്ക് ഉണ്ടാക്കിത്തരും അഭിമാനം നമ്മളെ എന്ത് ചെയ്യിപ്പിക്കും ഇല്ലാത്തതൊക്കെ വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു എന്നിട്ട് പ അത് കള്ളമാണ് ഈ അഭിമാനം കള്ളമാണ് അത് ഉടുത്തിരിക്കണ വസ്ത്രം കള്ളമാണ് അതിന്റെ തലക്ക് വെച്ചിരിക്കുന്ന തൊപ്പി കള്ളമാണ് അതിന്റെ ഭാഷ കള്ളമാണ് അതുവേ കള്ളനാണോ അഭിമാനം എങ്ങനെ വളരണു രൂപോത്ഭവോ രൂപാശനോ ദൂതഗൃഹീത രൂപ സ്വയം വിരൂപ സ്വവിചാരഹങ്കാരേശ പുറമേക്കുള്ള രൂപങ്ങളെയൊക്കെ കണ്ട് ആസക്തിയോടുകൂടെ അനുഭവിച്ച ആ വിഷയങ്ങളൊക്കെ ചേർന്ന് ചേർന്നിട്ടാണ് ഇയാൾ തടിക്കണത് രൂപാശനഹ ഈ ക്ഷരപുരുഷൻ അഹങ്കാരൂപത്തിൽ അതിന്റെ ഏറ്റവും സ്ഥലമായ ഫോമാണ് അഹങ്കാരം ഉള്ളിൽ ചെല്ലുമ്പെ എന്താ അതിന്റെ ഫോം എന്റെ അഹങ്കാരം എന്ന് പ്രബലമായിട്ടില്ലെങ്കിൽ പോലും അതുണ്ടാവും അത് സൂക്ഷ്മമായ രൂപം സ്ഥൂലമായ രൂപം എന്താ അഭിമാനം ദമ്പോ ദർഭോ അഭിമാനശ്വര പാരുഷ്യം ഏവച്ച അതൊക്കെ അതിന്റെ സ്ഥൂല നശ്വരമായ പദാർത്ഥങ്ങളെ ആശ്രയിച്ചു കൊണ്ട് നിൽപ്പാണ് ഈ ക്ഷരപുരുഷനെ ആശ്രയിച്ചു ചെയ്യുന്ന സാധനയാണ് കർമ്മയോഗം കർമ്മയോഗം എന്ത് ചെയ്യുന്നു ക്ഷരപുരുഷനെ ആശ്രയിച്ചിരിക്കുന്നു ജ്ഞാനയോഗം സാധാരണ അക്ഷരപുരുഷനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു യഥാർത്ഥ ഭക്തി നമ്മളിപ്പോ കാണുന്ന ഭക്തിയല്ല യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് പുരുഷോത്തമനെ ആശ്രയിച്ചു അത് നമ്മൾ പറഞ്ഞു വരാം അപ്പൊ ക്ഷരപുരുഷനെ ആശ്രയിച്ചു കൊണ്ടാണ് കർമ്മയോഗം എങ്ങനെ എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ കർമ്മയോഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു കർമ്മം ചെയ്ത് ഫലം വേണ്ട ഫല ഫലത്തിൽ ഇച്ഛയില്ലാതെ അപ്പൊ എന്താ ഈ അഹങ്കാരത്തിന് പശ്നിക്കിടുകയാണ് പതുക്കെ പതുക്കെ ഈ ക്ഷരപുരുഷനെ ഇവിടെ തന്നെ ശരീരം ഈ ക്ഷരപുരുഷനെ ക്ഷരമാക്കുകയാണ് അതിനെ ക്ഷരമാക്കുക നിശേഷം അക്ഷരപുരുഷൻ പ്രകാശിക്കാനായിട്ട് ക്ഷരപുരുഷനെ ഇല്ലാതാക്കാണ് ക്ഷര സർവാണിഭൂതാണ് ഈശ്വരനും എന്ത് ചെയ്യും ആത്മസാക്ഷാത്കാരം എന്ന് വെച്ചാൽ എന്താ രണ്ടു കൊമ്പ് മുളയ്ക്കുവ ഒന്നുമില്ല ആത്മസാക്ഷാത്കാരം എന്ന് വെച്ചാൽ ഈ ക്ഷരപുരുഷൻ ശരീരത്തിൽ ഇല്ലാതാവും ജീവിച്ചിരിക്കുമ്പോ തന്നെ മരിക്കും തുക്കാറാം അദ്ദേഹത്തിന് ഒരു അപംഗത്തില് പാടി എനിക്ക് ഭഗവാന്റെ കൃപയുണ്ടായപ്പോ ജീവിച്ചിരിക്കുമ്പോഴേ ഞാൻ എന്റെ മരണം കണ്ടു വന്നതാണ് എന്നുവെച്ചാൽ എന്താർത്ഥം ശരീരമുണ്ട് ഒക്കെ പ്രവർത്തിക്കണു പക്ഷെ അതിൽ അക്ഷരപുരുഷൻ നീങ്ങി അപ്പൊ ബാക്കിയുള്ളത് എന്താശ് അക്ഷ എട്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ അക്ഷരപുരുഷനെ വ്യാഖ്യാനിച്ചു അക്ഷരോ അവ്യക്തക്തമാ പരമാഗതി മൃത്യു സംസാരവർത്ത അവ്യക്തം അക്ഷരപുരുഷൻ ആരാണ് ഇപ്പോ വ്യക്തമായിട്ട് കാണാൻ വയ്യ ഞാനിപ്പോ സാക്ഷി അർക്കാനലാദി വിളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ് എന്നൊക്കെ പറഞ്ഞാലും ഈ അക്ഷരത്തിനെ കാണാൻ വയ്യ എന്താ അത് അവ്യക്തം അവ്യക്തം അവ്യക്താദ് അവ്യക്ത സനാതന വ്യക്താത് അവ്യക്താദ് അവ്യക്ത ഭഗവാൻ തന്നെ പറഞ്ഞു ഒരവ്യക്തമുണ്ട് ഒരു ഇരുട്ടിൻ്റെ ഒരു മറവുണ്ട് അതിനെയും കടന്നു നിൽക്കണ ഒരു അവ്യക്തമാണ് അത് സനാതനമായ അവ്യക്തം പതുക്കെ പതുക്കെ പതുക്കെ ഉള്ളിൽ പോവാം ആട്ടെ അപ്പൊ ഈ ക്ഷരപുരുഷൻ നമ്മളുടെ അഹങ്കാരം നമ്മൾ അഹങ്കാരത്തിന്റെ ചലനവും ഒക്കെ കാണുന്നു നമ്മളുടെ ഉള്ളിൽ അത് പൊന്തുന്നതും അസ്തമിക്കുന്നതും അത് നമ്മളെ ഇട്ട് കളിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നു നൃത്തം ചവിട്ടിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കാണും അല്ലെ ലോകത്തിലെ നമ്മൾ വേണ്ടാവാതെ നമ്മളെ വിഷമിപ്പിക്കുന്ന ആൾ ഇയാളാണ് ശ്രീരാമചന്ദ്രൻ വാശിഷ്ടത്തിൽ പറയുന്നു വസിഷ്ഠരെ എനിക്ക് രാജ്യം വേണ്ട എനിക്ക് പദവി വേണ്ട സുഗമവും ഭോഗമൊന്നും വേണ്ട ീ സംസാരമാകുന്ന വൃക്ഷത്തിന്റെ വിഷവിത്തിനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു രാമായ എന്താ കണ്ടെത്തിയത് സകല ദുഃഖങ്ങളും വർണ്ണിച്ചു രാമൻ ലോകത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ഇതിനൊക്കെ കാരണം കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു ഞാൻ അഹങ്കാരവശാദാപത് അഹങ്കാ ദുരാദയാ അഹങ്കാരവശാദീഹിപുഹൂ ഈ അഹങ്കാരമല്ലാത്ത മറ്റൊരു ശത്രുവിനെ ഞാൻ കാണാനില്ല അത് തന്നെ ആപത്തുകളെ ഉണ്ടാക്കുന്നു വേണ്ടാത്ത ആഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നു അഭിമാനത്തിനെ ഉണ്ടാക്കുന്നു ശണ്ട കൂടാൻ വെക്കുന്നു ഇതല്ലാതെ മറ്റൊരു ശത്രു ഉള്ളിൽ കാണാനില്ല ആചാര്യസ്വാമികൾ മറ്റൊരു രീതിയിൽ അതിനെ പറഞ്ഞു തൊണ്ടയിൽ കുടുങ്ങിയ മുള്ളുപോലെ എന്നാണ് ഭക്തൃകളെ കണ്ടകവത് പ്രതീതം ഒരു ഒരു ഒരു ഉള്ളിലെ അപ്പൊ അതിനെ കാണുന്നവനാരാണ് എല്ലാത്തിനും സാക്ഷിയായ ഒരാളുണ്ടല്ലോ ദേഹ അഹങ്കാരാദി അഹങ്കാരം മുതൽ ദേഹം വരെയുള്ള വസ്തുക്കളെയൊക്കെ ഒരാൾ പുറകെ ഇരുന്ന് കാണുന്നുണ്ടല്ലോ അവൻ അക്ഷരപുരുഷനാണ് ആ അക്ഷരപുരുഷനെ ശ്രദ്ധിക്കും തോറും തെളിഞ്ഞു വരും ക്ഷരപുരുഷനെ ഉപേക്ഷിക്കും തോറും അയാള് പ്രാധാന്യം കൊടുക്കാതാവും തോറും ക്ഷരപുരുഷൻ നശിക്കും അക്ഷരപുരുഷനെ ശ്രദ്ധിക്കും അക്ഷരപുരുഷൻ തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞു വരും ഈ അഹങ്കാരത്തിനും പുറകെ ഉള്ള അതാണ് ഞാൻ ആര് ഞാൻ എന്താണ് എന്റെ സ്വരൂപം എന്താണ് ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോ നമ്മളുടെ ഞാൻ ഒരു ചിത്രവൃത്തി കഴിഞ്ഞു ഒരു ചിത്തവൃത്തി വരുമ്പോ അതിൻ്റെ ഇടയിലെ ഒത്തിരി കാണപ്പെടുന്നു അത് സന്ധ്യയാണ് എഴുന്നേൽക്കുന്നു ജാഗ്രതന്ന് ഉറങ്ങുന്നു രണ്ടിനും നടുവില് ഉറക്കവുമല്ല ജാഗ്രത്വുമല്ല എന്നൊരു ഗ്യാപ്പുണ്ട് അവിടെ ഈ അക്ഷരം അല്പം പ്രകാശിക്കുന്നുണ്ട് രണ്ട് ചിത്തവൃത്തികൾക്ക് ഈ അക്ഷരം പ്രകാശിക്കുന്നുണ്ട് അപ്പൊ ചിത്തവൃത്തികളും ഈ അഹങ്കാരവും ഈ വ്യക്തിബോധം അതിന്റെ ഇടയിൽ കൂടെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മൾ മന്ത്രം ജപിക്കുന്നതൊക്കെ അതിനാണ് മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുന്നു പെട്ടെന്ന് നിർത്തിയാൽ ഉള്ളിലെ ചിത്തവൃത്തികളൊന്നും ഇല്ലാത്ത ആ ആനന്ദം എവിടെ വന്നു ഉള്ളിലെ അക്ഷരത്തിന്റെ ആനന്ദമാണ് അക്ഷരത്തിന്ന് വരുന്ന ആനന്ദമാണ് അപ്പോ ആ അക്ഷരം നാശമില്ലാത്തതാണ് നശിക്കാത്തത് കൊണ്ട് അക്ഷരം എന്ന് പേര് അത് ആത്മവസ്തുവാണ് ഇനി അതിനും മേലെ ഒന്നും ഉണ്ട് ഇപ്പൊ എന്താ അതിനു മേലെ എന്ന് പറയാൻ കാരണം കൂടസ്ഥോ അക്ഷര ഉച്ചത് ഇപ്പത് ഈ ശരീരത്തിനകത്ത് അകപ്പെട്ട് കിടക്കുന്ന പോലെ പ്രകാശിക്കണം ജാഗ്രത്തെ സ്വപ്നം ഇത് രണ്ടിലും ക്ഷരപുരുഷൻ വളരെ പ്രബലൻ സുഷുപ്തിയിൽ അക്ഷരപുരുഷൻ കുറെ ഒക്കെ അറിയപ്പെടുന്നുണ്ട് സുഷുപ്തിയിൽ അതുകൊണ്ട് ആർക്കും ദുഃഖമില്ല പക്ഷെ ആവരണമുണ്ട് ഒരു ഒരു മറയുണ്ട് ഉപനിഷത്ത് പറയുന്നു എത്രന കാഞ്ചന കാമം കാമ്യ കഞ്ചന സ്വപ്നം പശ്യത്തിന ഏകീഭൂത പ്രജ്ഞാനഗനയേവ ഹ്യാനന്ദമയോഹി ആനന്ദഭുക് ചേതോമുഖ പ്രാജ്ഞസ്തൃതീയ പാദ പ്രാജ്ഞൻ ഈ സുഷുപ്തി അവസ്ഥയിൽ ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് ഉണ്ട് േശ്വര അന്തര യോനിപ്യയോ ഹി ഭൂതേശ്വരം എന്ന് വെച്ചാൽ ഈശ്വരപദം പ്രയോഗിച്ചല്ലോ ഭഗവാൻ ഇതിനു മുമ്പും കൂടസ്ഥന് ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇയാളിൽ നിന്ന് യഥാ വിസ്ഫുലിംഗാ സഹസ്രശ പ്രഭവന് സരൂപ തഥാ അക്ഷരാത് സൗമ്യ വിവിധാ ഭാവാഹ പ്രജായന് എന്ന് ശ്രുതി പറഞ്ഞു അക്ഷരത്തിൽ നിന്നും അനേകവിധ സ്ഫുലിംഗങ്ങൾ പോലെ പൊന്തു അപ്പൊ അക്ഷരം ബ്രഹ്മം തന്നെ പൂർണ്ണ വസ്തു തന്നെ പക്ഷേ ഇപ്പൊ കൂടത്തിനകത്ത് കൂടം എന്ന് വെച്ചാൽ ആവരണ വിക്ഷേപങ്ങൾ കൊണ്ട് മൂടപ്പെട്ട് അനന്തമായ ആകാശം ചെറിയ ദ്വാരത്തിലൂടെ കാണപ്പെടുന്ന പോലെ ഒരു വലിയ കുടത്തിനകത്ത് അല്ലെ ഒരു കുടത്തിനകത്ത് ആകാശം കുടുങ്ങിയ പോലെ നമുക്ക് തോന്നും പക്ഷെ വാസ്തവത്തിൽ ആകാശം കുടുങ്ങിയിട്ടുണ്ടോ അപ്പൊ നമ്മൾ എന്ത് പറയും കുടത്തിന്റെ ഉള്ളിലുള്ള ആകാശം കുടത്തിന് വെളിയിലുള്ള ആകാശം എന്ന് പറയും പക്ഷെ അകത്ത് പുറത്ത് ആകാശമൊന്നുമില്ല ഒരാകാശമേ ഉള്ളൂ പക്ഷെ ഇപ്പൊ തോന്നുന്നത് എന്താ അക്ഷരോ അക്ഷരപുരുഷൻ കൂടസ്ഥോ അക്ഷര കൂടസ്ഥനായിട്ടിരിക്കുന്നു ഇനിയിപ്പോ ആവട്ടെ രണ്ട് സ്ഥിതി രണ്ട് സ്റ്റേജ് അധ്യാത്മ ആദ്യത്തെ അവസ്ഥ എന്താ അഹങ്കാരത്തിനെ വെച്ചുകൊണ്ട് ശണ്ട കൊടുത്തു ഇതൊക്കെ ക്ഷരപുരുഷനെ ആശ്രയിച്ചു കൊണ്ടുള്ള സാധനയാണ് നമ്മൾ ജപം ചെയ്യുന്നു മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു അനേക വിഷമങ്ങൾ അനുഭവിക്കുന്നു ആ അവസ്ഥ ഇതൊക്കെ ഈ ക്ഷരപുരുഷന്റെ ഈഗോവിന്റെ പ്ലെയിനിലുള്ളതാണ് ഈ ഫൈറ്റ് മുഴുവൻ കരയും ആളുകൾ എനിക്ക് അഹങ്കാരം പോണില്ലല്ലോ എന്തൊക്കെയോ പറയും കാമം ക്രോധം ഇതിന്റെ കൂടെ ഒക്കെ ഉള്ള ശണ്ടയൊക്കെ ഈ ക്ഷരപുരുഷന്റെ സ്ഥിതിയാണ് പതുക്കെ ആഴത്തിൽ ചെന്ന് ചെന്ന് ചെന്ന് ചെന്ന് ഈ കേന്ദ്രസ്ഥാനത്തിലെത്തി അഹംബോധത്തിനെ പിടിച്ച് ചലിക്കാതെ നിൽക്കുന്ന സ്ഥിതി ഇതിന് നിർവികല്പ സമാധി എന്ന് യോഗികൾ പറയുന്നു അവിടെ ബ്രഹ്മതത്വം സുസ്ഫുടമായി പ്രകാശിക്കും നിർവികല്പക സമാധിനാസ്ഫുടം ബ്രഹ്മതത്വം അവഗമ്യത്തെ ധ്രുവം ന അന്യഥ ചലതയാ മനോഗത്തെ പ്രത്യയാതര വിമിശ്രിതം ഭവേത് നിർവികൽപക സമാധിയിൽ ബ്രഹ്മതത്വം പ്രകാശിക്കും മറ്റുള്ള നിർവികൽപസ്ഥിതി അല്ലാത്ത സ്ഥിതിയിൽ എന്തുപറ്റും നോക്കണം ഇത് തന്നെ നിർവികൽപസ്ഥിതി എന്താണെന്നുള്ള ഡെഫിനേഷനാണ് എന്തുപറ്റും വെച്ചാൽ പ്രത്യയാന്തര വിമിശ്രിതം ഭവേത്ത് എന്നാണ് മറ്റു പ്രത്യയങ്ങൾ വന്ന് കലക്കും എന്നാണ് ഏതു പ്രത്യയത്തിനോടുകൂടെ അഹമസ്മി എന്ന പ്രത്യയത്തിനോടുകൂടെ ഞാൻ കോപിക്കുന്നു ഞാൻ കാമിക്കുന്നു ഞാൻ സൗന്ദര്യമുള്ളവനാണ് ഞാൻ വിദ്വാനാണ് ഞാൻ ജ്ഞാനിയാണ് ഞാൻ പണ്ഡിതനാണ് ഏതെങ്കിലുമൊക്കെ വന്ന് കലക്കും ഇതിൽ ഞാൻ എന്നുള്ളത് സത്യവും പണ്ഡിതനാണ് എന്നുള്ളത് വികല്പവും ഞാൻ എന്നുള്ളത് സത്യവും കോപിക്കുന്നു എന്നുള്ളത് വികല്പവും ഞാൻ എന്നുള്ളത് സത്യവും ഉറങ്ങണം എന്നുള്ളത് വികല്പം ഉണരണം എന്നുള്ളത് വികല്പം ഭുജിക്കണം എന്നുള്ളത് വികല്പം അന്ന് പറഞ്ഞുവല്ലോ അവരുടെ ശ്ലോകം ഉം ഉണരണം ഉറങ്ങേണം പുണരേണം ഭുജിക്കേണം അശനം എന്നീ വണ്ണം അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാരൂപം എന്നാണ് ഞാൻ ഉണ്ണണം ഞാൻ ഉറങ്ങണം ഞാൻ ഭുജിക്കണം ഞാൻ പുണരേണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ ഈ ഞാൻ എന്നുള്ളത് സത്യം അതിൽ പിണഞ്ഞു നിൽക്കുന്ന അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള ഈ വികല്പം ആ വികല്പമാണ് പ്രത്യയാന്തരം ആ പ്രത്യയാന്തരമില്ലെങ്കിൽ ശുദ്ധമായ അഹംസ്ഫൂർത്തിയുടെ അനുഭൂതിയാണ് നിർവികൽപ്പസ്ഥിതി അത് കൂടസ്ഥനായ അക്ഷരപുരുഷന്റെ അനുഭവം അവിടെ എന്താവുന്നു ഉള്ളിൽ സത്യത്തിനെ അനുഭവിക്കുന്നു നിർവികല്പ സ്ഥിതിയിൽ ഉള്ളിൽ സമാധിസ്ഥിതിയിൽ അനുഭവിക്കുന്നു സ്ഥൂല ശരീരത്തിന്റെ കർമ്മവും സൂക്ഷ്മ ശരീരത്തിന്റെ വിചാരങ്ങളും കാരണശരീരത്തിന്റെ സമാധിയും ഇതുമൊക്കെ കടന്നു പോകണം പക്ഷെ പക്ഷേ കാരണശരീരം നിശ്ചലമായി വാസനാശൂന്യമായി അഹമഹമഹമെന്നുള്ള സ്ഫൂർത്തിയെ ഗ്രഹിച്ചു കൊണ്ട് നിൽക്കുന്നു മനസ്സ് ചിത്തം അങ്ങനെ നിൽക്കുമ്പോ അത് അക്ഷര പുരുഷനെ അനുഭവിക്കുകയാണ് പക്ഷെ ഈ ധ്യാനസ്ഥിതിയിൽ നിന്ന് ഉണരുമ്പോ വീണ്ടും മനസ്സ് പുറമേക്ക് വന്നിട്ട് അനേക വികൽപ്പങ്ങളെ കാണും ഗ്രഹിക്കും അപ്പൊ യോഗികൾ വളരെ വിഷമിക്കും വീണ്ടും ആ അവസ്ഥയിലേക്ക് പോകണം വീണ്ടും ആ അവസ്ഥയിലേക്ക് പോകണം വീണ്ടും ആ സ്ഥിതിയിൽ പോയി ചിത്തവൃത്തികൾ ഒന്നും കലകാത്ത ആ അഹംബോധത്തിൽ നിൽക്കണം എന്ന് തോന്നും ഇങ്ങനെ അനേക വട്ടം ഈ സ്വാത്മതീർത്ഥ സ്നപനം സ്വാത്മതീർത്ഥത്തിൽ വീണ്ടും വീണ്ടും ചെന്ന് മുങ്ങുന്നു ആത്മധ്യാനം പരിശീലിക്കുന്നു ആത്മധ്യാനം ചെയ്യുന്നു അങ്ങനെ ചെയ്ത് ഹൃദയഗ്രന്ഥി പൊട്ടും ഹൃദയഗ്രന്ഥി ഛിദ് സർവ സംശയാർമാണി ദൃഷ്ടയേവാത്മനി ഈശ്വരേ തസ്മിൻ ദൃഷ്ടേ പരാവരെ പരവും കണ്ടു അവരവും കണ്ടു അതാണ് പരാവരെ അഹങ്കാരത്തിന്റെ നിശേഷ ശമനം ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞ് നോക്കണം രമണ മഹർഷി ആചാര്യസ്വാമികൾ വിശ്വം ദർപ്പണ ദൃശ്യമാണ് നഗരി എന്ന് പറഞ്ഞു ആചാര്യസ്വാമികൾ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ വേറെ ഒരു ഉദാഹരണം പറയുമായിരുന്നു അതിന് രമണ മഹർഷി അരുണാചല അഷ്ടകത്തിൽ മറ്റൊരു ഉദാഹരണം പറഞ്ഞു ഈ വിശ്വദർശനം എന്ന് പറയുന്നത് സിനിമാ പ്രൊജക്ടർ പോലെയാണോ അതായത് വാസനകൾ ഇങ്ങനെ ചുറ്റുന്നു വാസനകളുടെ മുമ്പിൽ ഒരു ലെൻസ് ഒരു ഫിലിം ചുറ്റുന്നു ഫിലിമിന്റെ മുമ്പിൽ ലെൻസ് വെച്ച് ലെൻസിലൂടെ പ്രൊജക്ട് ചെയ്ത് സ്ക്രീനിൽ കാണുന്നു അല്ലേ അതേപോലെ നമ്മളുടെ ഉള്ളിൽ അനേക ജന്മങ്ങളായി ആർജിച്ച വാസനകളിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു ആ വാസനകളിലൂടെ ചിപ്രകാശം ചിജ്യോതി പ്രകാശിക്കുന്നു ഇന്ദ്രിയങ്ങളാകുന്ന ലെൻസുകളിലൂടെ അതൊക്കെ പ്രൊജക്ട് ചെയ്ത് പുറത്ത് കാണുന്നതാണ് ഓരോരുത്തന്റെയും പ്രപഞ്ചം ഇതിൽ വാസന ഉള്ളത്തോളമേ സ്ക്രീനിൽ സിനിമ കാണുള്ളൂ ഫിലിം ഉള്ളത്തോളമേ സ്ക്രീനിൽ സിനിമ കാണുള്ളൂ ഫിലിം എടുത്തു കളഞ്ഞാൽ പിന്നെ സ്ക്രീനിൽ എന്ത് കാണും വെറും വെളിച്ചം അല്ലെ വെറും വെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ സ്ക്രീനില് അതാണ് പരവളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണുതിരഞ്ഞുതേറിടേണം നോക്കുന്ന ഇടത്തൊക്കെ പരവെളി എന്ന് വെച്ച പരമപ്രകാശം അപ്പൊ ഉള്ളിൽ വാസനകൾ എടുത്തു കളഞ്ഞാൽ ഈ പ്രൊജക്ട് സ്ക്രീനില് പ്രകാശം മാത്രം കാണുന്ന പോലെ ഉള്ളിൽ വാസനകൾ എടുത്തു കളഞ്ഞാൽ അനുഭവമണ്ഡലം മുഴുവൻ ചിപ്രകാശം മാത്രമായിരിക്കും ചിപ്രകാശം മാത്രം നിറഞ്ഞു നിൽക്കുന്ന സ്ഥിതി അവിടെ പ്രത്യേകിച്ചൊരു നിർവികൽപ സമാധി ഒന്നും വേണ്ട ദിവ്യോഹി അമൂർത്ത പുരുഷ പുരുഷന്റെ പ്രമാണമാണ് ഈ ശ്രുതി ഒക്കെ ദിവ്യോഹി അമൂർത്ത പുരുഷ സബാഹ്യാഭ്യന്തരോഹി അജ അപ്രാണോഹി അമനാശുഭ്രോഹി അക്ഷരാത് പരത പര പടിപടിപ്പടിയായിട്ടാണ് ഈ പോക്ക് ആദ്യം ഇന്ദ്രിതലം ഇന്ദ്രിഭ്യർ അർത്ഥ്യൂ പരാ ബുദ്ധി ബുദ്ധേരാത്മാര മഹതം അവരുഷ പുരുഷാന്നരം സുതിയ ഉപനിഷ പരമേക്ക് ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിച്ചു കൊണ്ട് നിൽക്കുന്ന തലം സാധാരണ പിന്നെ പതുക്കെ എന്താവുന്നു കണ്ണടയ്ക്കുന്നു കണ്ണടയ്ക്കുമ്പോ എന്താ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് ഉള്ളില് മാത്രം കളിക്കുന്നു ഇന്ദ്രിയ വിഷയങ്ങൾ ഉള്ളില് മാത്രം കളിക്കണം അത് കഴിഞ്ഞാലോ പതുക്കെ അതിനെയും നിയന്ത്രിക്കുന്നു മനസ്സസ്തു പരാബുദ്ധി ബുദ്ധി കൊണ്ട് ഇതിനെയും നിയന്ത്രിക്കണം ബുദ്ധിക്ക് പുറകിൽ മഹാനാത്മ എന്താണ് അഹം അഹം അഹം എന്നുള്ള ഈ വ്യക്തിബോധം തന്നെ ആ മഹാനാത്മാവിൽ ബുദ്ധിയും ദൃഢമാവുന്നു പിന്നീട് എന്താവും ഈ അഹങ്കാരത്തിനെ അന്വേഷിച്ച് അന്വേഷിച്ച് ചൊല്ലുമ്പോ ഒരു അവ്യക്തത്തിൽ ചെന്ന് ലയിക്കും അത് അവ്യക്തത്തിൽ ചെന്ന് ലയിക്കും ആ അവ്യക്തത്തിൽ ചെന്ന് ലയിക്കുമ്പോഴാണ് പിന്നെ ആത്മവിചാരം പോലും ചെയ്യാൻ പറ്റുന്നില്ല എന്തോ ഒരു അവ്യക്തത അപ്പൊ ഈ വാസനയുടെ പടലം പതുക്കെ പതുക്കെ പതുക്കെ ഉള്ളുന്നു ആ വാസനകൾ മുഴുവൻ പുറമേക്ക് ഒഴുകി തീർന്നു കഴിയുമ്പോ അവ്യക്താത് പുരുഷപരഹ അവ്യക്തത്തിനപ്പുറം ഒരു മണ്ഡലം ഉണ്ട് പരമപുരുഷന്റെ മണ്ഡലം അത് പ്രകാശമാനം അതാണ് തമസപരസ്ഥാദ് ഭഗവാൻ വൈകുണ്ഠ ദർശനം അർജുനന് സന്താന ഗോപാലത്തിൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ ഒരു ഏരിയ മുഴുവൻ ഇരുട്ട് എന്ന് പറയും ഒരു ഏരിയ മുഴുവൻ കൂട്ടിക്കൊണ്ടു പോകുമ്പോ ഇരുട്ട് ആ ഇരുട്ട് കടന്നിട്ടാണ് വൈകുണ്ഠ ദർശനം അപ്പൊ ഇരുട്ടൊക്കെ കടന്ന് കൊണ്ടുപോകും ശൈവ സിദ്ധാന്തത്തിൽ അവരെന്ത് പറയും നന്ദികേശ്വരൻ ശിവന്റെ മുമ്പില് നന്ദി കറക്റ്റ് മുമ്പില് നന്ദിയാണ് നന്ദി പുറകെ നിന്ന് കഴിഞ്ഞാൽ ലിംഗം കാണില്ല അപ്പൊ നന്ദി വഴിവിട്ടു തരണം ശിവനെ കാണണം എന്നുണ്ടെങ്കിൽ അതിന് തിരോധമലം എന്ന് പറയും അവര് തമിഴില് തിരോധാനം എന്നുള്ളതിന്റെ അവര് തമിഴതില് തിരോധമലം എന്ന് പറയും ആ തിരോധമലം വിട്ടുമാറുക എന്നാണ് അതായത് ആവരണം അവ്യക്താത് പുരുഷ്പരഹ പുരുഷൻ ഈ അവ്യക്തോ അക്ഷരന്ന് പറഞ്ഞുവല്ലോ അവ്യക്തത്തിൽ ഈ അക്ഷരപുരുഷൻ കിടക്കും അവ്യക്തത്തിൽ ലയിച്ചു കിടക്കുന്നു അക്ഷരപുരുഷൻ അക്ഷരപുരുഷൻ സ്റ്റാറ്റിക് ആണ് ക്ഷരം ഡൈനാമിക് ആണ് പ്രകൃതിയാണ് പ്രകൃതിയുടെ മണ്ഡലമാണ് ക്ഷരപുരുഷൻ ഡൈനാമിക് ആണ് ചലിക്കുന്നതൊക്കെ ക്ഷരത്തിൽ പെട്ടു ചലിക്കാതെ നിൽക്കുന്നത് അക്ഷരം ഒന്ന് ശിവം ഒന്ന് ശക്തി ഒന്ന് ശിവൻ ഒന്ന് ശക്തി ഒന്ന് പുരുഷൻ ഒന്ന് പ്രകൃതി അപ്പോ എന്താണ് നിശ്ചലമായിട്ട് നിൽക്കുന്നു നിർവികൽപ സമാധി ചലിക്കുന്ന വ്യവഹരിക്കുമ്പോ പ്രപഞ്ച വ്യവഹാര സംസാരം ഇതൊക്കെ കടന്നിട്ട് നിശ്ചലമായി നിന്നാലും ചലിച്ചാലും സമുദ്രജലം നിശ്ചലമായി നിൽക്കുന്നു അലയടിക്കുന്നു അലയടിക്കുന്നതും വെള്ളം തന്നെ നിശ്ചലമായി നിൽക്കുന്നതും വെള്ളം തന്നെ അല വേറെ സമുദ്രം വേറെ എന്ന് കാണാം ഇത് അല അത് സമുദ്രം എന്ന് പറയാം പക്ഷേ വെള്ളം എന്ന് നോക്കുമ്പോ എന്താ അലയും വെള്ളമാണ് സമുദ്രവും വെള്ളമാണ് അതേപോലെ ചൈതന്യം എന്ന് നോക്കുമ്പോൾ നിശ്ചലമായി നിന്നാലും ശരി ചലിച്ചാലും ശരി ഉള്ള വസ്തു ഒന്ന് തന്നെ നിശ്ചലമായി നിൽക്കുന്ന വസ്തു തന്നെ ചലിക്കുന്നു ചലിക്കുന്ന വസ്തു തന്നെ നിശ്വമായിട്ട് നിൽക്കുന്നു പക്ഷെ ചലിക്കുന്ന വസ്തു നശ്വരമാണ് കാരണം എന്താ അത് ചലിക്കാത്ത ഒരു സ്ഥിതി രമണ മഹർഷിയോട് ഒരാൾ ചോദിച്ചു ശക്തി ഇല്ലെങ്കിൽ ശിവൻ ഇല്ല ശിവൻ ഇല്ലെങ്കിൽ ശക്തി ഇല്ല എന്ന് പറയുന്നുവല്ലോ ഇംഗ്ലീഷില് ചോദിച്ചു അദ്ദേഹം വിത്തൌട്ട് ഷി ദർ ഇസ് നോ ഹി വിതൌട്ട് ഹി ദർ ഇസ് നോ ഷി എന്ന് പറയണമല്ലോ അപ്പൊ മഹർഷി പറഞ്ഞു നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട് ഷീ ഹി ഉണ്ട് എസ് എച്ച് ാണ് എന്താന്ന് വെച്ചാൽ നിശ്ചലമായിട്ട് നിൽക്കുമ്പോ ചലിക്കുമ്പോഴും സാധനം ഒന്നു തന്നെ പക്ഷെ നിശ്ചലമായിട്ട് നിൽക്കുമ്പോ ഈ ചലനം ഇല്ല അവിടെ അപ്പൊ ചലനം ശാശ്വതമല്ല ചലനം ശാശ്വതമല്ല അപ്പോ ചലിക്കാതെ നിൽക്കുന്ന വസ്തു തന്നെയാണോ ചലിക്കണത് ചലനം ഉണ്ടായോന്ന് ചോദിച്ചാൽ ഒന്നും ഉത്തരം പറയാൻ പറ്റില്ല ആത്യന്തികമായിട്ട് അപ്പൊ ക്ഷരം അക്ഷരം ക്ഷരത്തിന്റെ തലത്തിൽ നമുക്ക് നശ്വരമാണ് അക്ഷരത്തിന്റെ തലം ഒരു തരം നിർവികൽപ്പ സമാധി ധ്യാന തലമാണ് ഇതും കടന്നു ചെല്ലുമ്പോ പുരുഷ ഏദം പരാമൃതം നിഹിതം ഗുഹാ സഹ അവിദ്യഗ്രന് വികരതീഹ സൗമ്യ പുരുഷൻ തന്നെയാണ് വിശ്വം പുരുഷൻ തന്നെയാണ് കർമ്മം ചലന കർമ്മങ്ങളൊക്കെ പുരുഷൻ തന്നെ പ്രവർത്തിക്കുന്നവനും പുരുഷൻ തന്നെ സഹസ്രശീർ ദക്ഷശംഭു വിശ്വനാരാണു ദക്ഷരം പരമ പദം വിശ്വ പരമാ നിത്യം വിശ്വനാരായണ ഗുംഹരി വിശ്വമേ വേദം പുരുഷസ്തൃശ്വമുജീവതി പത്തിതഗു ശിവ്യുതം ായണമജ്ഞേയ വിശ്വാത്മാനം പരാണപരോ ജ്യോതിരാത്മാനാരായണ പര നാരായണ പരം ബ്രഹ്മതത്വം നാരായണ പര നാരായണ പരോധ്യതായണ പര യിജ്ജത്സവ ദൃശ്യത്തെ ശ്രൂയത്തെ അന്തർബ്യത വ്യാപ്യനാരായണ സ്ഥിത ഇത് പരമപുരുഷന്റെ വർണ്ണനയാണ് സഹസ്രശീർഷം എന്ന് വെച്ചാലോ ആയിരം തലയോടുകൂടെ ചിത്രം വരച്ചാൽ വിഡിത്വമാവും എല്ലാ തലയും അവന്റെ ആണ് പാണിപാദം തൻ സർവതോക്ഷി ശിരോമുഖം ുതിമല്ലോകെ സർവമാവൃത്യ തിഷത്തിവർജിതം അസക്തം നിർഗുണം ഗുണഭോക്തൃച്ച ബഹിരന്തശ്ശഭൂതം അചരം ചരമേവ സൂക്ഷ്മേയം ദൂരസ്ഥംച്ച അന്തികേ ചു പറയണം ശ്രുതിക്ക് ഇതിന് മേലെ എല്ലാവർക്കും മനസ്സിലായി സംസ്കൃതമൊന്നുമില്ല ഇത് എന്താ ഒരേ ഭാഷ നമുക്കൊക്കെ ഉണ്ട് അനുഭൂതി എല്ലാവരുടെ എത്ര പേരെ തലയാട്ടണം മനസ്സിലായി എളിപ്പിച്ച് ചോദിച്ചപ്പോ പറയില്ല പക്ഷെ എല്ലാവരുടെ ഹൃദയത്തിനും മനസ്സിലായി എല്ലാവരുടെ ഉള്ളിലും ഉള്ള വസ്തുവാണ് അത് ശ്രുതി അതിനെയാണ് പാടുന്നത് വേദം അതിനെയാണ് കീർത്തിക്കുന്നത് വേദം കീർത്തിക്കുന്നത് ആ വസ്തുവിനെയാണ് അപ്പോ എല്ലാവരുടെ ഉള്ളിലും ഉള്ളത് എല്ലാ തലയും അവന്റെ തലയാണ് എല്ലാ ശരീരവും അവന്റെ ശരീരമാണ് എല്ലാ മനസ്സും അവന്റെ മനസ്സാണ് എല്ലാ ചലനങ്ങളും അവന്റെ ചലനമാണ് വിശ്വമേവേദം പുരുഷമുജീവരകും ശാശ്വതം ശിവം അച്ഛം ധ്യാനിക്കുന്നവനും ധ്യാതാവും ധ്യാനം ചെയ്യപ്പെടുന്ന പൊരുളും ഒക്കെ തന്നെ അവനാണ് ജഗത്ത് ജഗത്ത് എന്ന് വെച്ചാൽ തന്നെ ചലിക്കുന്നതെന്നാണ് അർത്ഥം പ്രപഞ്ചം ലോകം എന്ന് വെച്ചോളൂ എന്തൊക്കെ ലോകമായിട്ട് കാണപ്പെടുന്നു കേൾക്കപ്പെടുന്നു ദൃശ്യത ശ്രൂയതേ കേൾക്കപ്പെടുന്നതും കാണപ്പെടുന്നതും ഒക്കെ ആ പരമപുരുഷൻ തന്നെയാണ് അനന്തം അവ്യയം കവിം സമുദ്രേന്തം വിശ്വസംഭവം പത്മ ഇനിപ്പോ അക്ഷരപുരുഷനെ പറയാ അടുത്തത് ശ്രുതി തന്നെ ഇത്ര പരമപുരുഷനെ പറഞ്ഞു പുരുഷോത്തമനെ പറഞ്ഞു ഇനിയിപ്പ അക്ഷര പുരുഷനെ പറയാണ് ഹൃദയസ്ഥാനത്തിൽ പെട്ടുകിടക്കുന്ന ആളായിട്ട് ഇപ്പൊ എല്ലാം ആ പരമപുരുഷനാണോ പറഞ്ഞ അതേ ശ്രുതി തന്നെ ഇപ്പൊ പറയുന്നു പത്മകോശപ്രതീകാശകും ഹൃദയം അധോ നിഷ്ടേന ഉപരിലം ഭാതി വിശ്വസ്യം മഹത്ത് സന്തും ശിലാ ുംകോസന്നിപംരകും സുഷിരകും സൂക്ഷ്മം ഒരു ചെറിയ സുഷിരം ഇതൊക്കെ ഭാവനയാണ് നമ്മുടെ ഒന്ന് മണ്ഡലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഹൃദയസ്ഥാനത്തിലേക്ക് കൊണ്ടുപോവാണ് ഹൃദയത്തിൽ ഒരു സുഷിരം അവിടെ അധോമുഖമായ ഒരു പത്മം അധോമുഖമായ പത്മം അതിന്റെ ചുവട്ടിൽ വിശ്വത്തിന് മുഴുവൻ ആധാരമായ അഗ്നി അവിടെ ഒരു സുഷിരം ആ സുഷിരത്തിൽ തസ്മിൻ സർവം പ്രതിഷ്ഠിതം അതിലെല്ലാം പ്രപഞ്ചം മുഴുവൻ അതിനകത്ത് കിടക്കുന്നു ആ ദ്വാരത്തിനുള്ളിൽ നിന്ന് ദ്വാരത്തിനുള്ളിൽ ചെന്ന് ലയിക്കുന്നു രാത്രി ഉറങ്ങുമ്പോൾ എല്ലാം ചെന്ന് രാവിലെ എണീക്കുമ്പോ ഒക്കെ പുറത്തു തിഷ്ഠിതം തസ്യ മധ്യേ മഹാനഗ്നിശ്വാർ വിശ്വതോമുഖ സോഗ്രഭു വിഭജൻ തിഷ്ടവിര്യൂർദ്വമധശ്ശായിരുന്നു കൊണ്ട് മുകളിലേക്കും പുറമേക്കുമൊക്കെ ചോട്ടിലേക്കുമൊക്കെ രശ്മികൾ പോകുന്നു സന്താപയതി സ്വം ദേഹം ആപാദ തലമസ്തക പാദം മുതൽ ശിരസ് വരെ ചൂടു കൊടുത്തുകൊണ്ട് ജീവനായിട്ട് വർത്തിക്കുന്നതും അവൻ തന്നെ നീലത്തോയധ്യസ്ഥാവിദ്യുസ്വരാശൂകൻസ്വത്യൂപമാ ചെറിയ ഒരു അരിമണി പോലെ നോക്കെ പറയാൻ കാരണം നമ്മുടെ ബുദ്ധിയെ സൂക്ഷ്മമാക്കാൻ വേണ്ടിയിട്ട ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്ന് സ ബ്രഹ്മ സ ബ്രഹ്മ സ ശിവ സഹരി സഹ അക്ഷര പരമസ്വരാട്ട് ഗീതയിലെ മുഴുവൻ വേദത്തിലെ വാക്കുകൾ തന്നെയാണ് ഭഗവാൻ പ്രയോഗിച്ചിരിക്കുന്നത് അക്ഷരം എന്നൊക്കെ പറഞ്ഞ ഒക്കെ പ്രമാണം ഒക്കെ ശ്രുതി ഇതൊന്നും റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതല്ല ഭഗവാൻ തന്നെ കാണിച്ചു തന്നു അത്രയുള്ളൂ ഇങ്ങനെ പറയുമ്പോൾ ഓർമ്മ തോന്നുന്നു അക്ഷര പദം ഭഗവാൻ വെറുതെ പ്രയോഗിച്ചില്ല സെൽഫ് കോയിൻഡ് വേർഡല്ല അക്ഷര പരമസ്വരാട് ഹൃദയത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ചൈതന്യത്തിനെ അക്ഷരം എന്ന് വിളിച്ചു ആ ചൈതന്യം തന്നെ സർവത്ര വ്യാപിക്കുന്ന സമയത്ത് പുരുഷ പൂർണമായിട്ടുള്ളത് കൊണ്ട് പുരുഷൻ അവിടെ പുരുഷ അല്ല നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണനായി നിൽക്കുന്നതുകൊണ്ട് എല്ലാത്തിനെയും പൂരണം ചെയ്യുന്നതുകൊണ്ട് പുരുഷൻ അവിടെ എല്ലാത്തിലും വ്യാപിച്ചു നിൽക്കുന്നു ഇതെന്താണ് സഹജനിർവികല്പ സ്ഥിതിയാണ് നിർവികൽപ്പ സമാധി അല്ലാതെ നിർവികൽപ സമാധി വിട്ടുണർന്ന് വാസനകളൊക്കെ ക്ഷയിച്ചു കഴിയുമ്പോൾ യോഗികൾ ലോകത്തിൽ സഞ്ചരിക്കും ലോകമംഗളത്തിനായി സഞ്ചരിക്കും അവരുടെ അനുഭവം എന്താണ് അവർ പിന്നെയും ലോകത്തിൽ വീണുപോവോ എന്ന് വെച്ചാൽ അവർക്ക് വീണുപോകാനൊരു ലോകമില്ല അവർക്ക് പതിക്കാനൊരു ലോകമില്ല അവർ പല വസ്തുക്കളെയും കാണുന്നുണ്ടല്ലോ ഒക്കെ കാണും എത്രയെത്ര മനോയാതി ബ്രഹ്മണഹാത്ത് അത്ര ദർശനം എന്തിനെ കണ്ടാലും അവർക്ക് ഈശ്വര ദർശനമാണ് ഹരിയുടെ ശരീരം കാണുന്നതൊക്കെ ഭഗവാന്റെ സ്വരൂപമാണ് അപ്പൊ അവർക്ക് സമാധിയൊന്നും വേണ്ട ഇനി ധ്യാനമൊന്നും ആവശ്യമില്ല ഉത്തമ സ്പർശിച്ചു കഴിഞ്ഞാൽ വിഭക്തികളൊക്കെ അസ്തമിച്ചു അതുവരെ വിഭക്തി വേണം വിഭക്തി എന്താ നമുക്ക് വിഭക്തി എന്ന് പറഞ്ഞാൽ ഉടനെ രാമശബ്ദമേ ഓർമ്മ വരള്ളൂ രാമ രാമോ രാമാ രാ വിഭക്തി രാമശബ്ദത്തിൽ വേണ്ട അഹം ശബ്ദത്തിൽ പറയൂ അഹം ആവാം സംസ്കൃതം അറിയുന്നവർക്ക് വിഭക്തി എന്ന് വെച്ച സംസ്കൃതത്തില് ഞാൻ എന്നുള്ളതിന്റെ രൂപം ഏഴ് രൂപങ്ങൾ നമ്മൾക്ക് ഈ ഏഴെണ്ണം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഒന്ന് ഞാൻ രണ്ട് എന്നെ മൂന്ന് എന്നോൽ നാല് എനിക്ക് ആയിക്കൊണ്ട് അഞ്ച് എന്നിൽ നിന്നും ിൽ ഈ ഏഴെണ്ണം അഹങ്കാരത്തിന്റെ ഏഴ് ചലനമാണ് ഈ ഏഴ് ചലനവും നേർത്ത് നേർത്ത് നേർത്ത് വരുന്നതാണ് അധ്യാത്മ യാത്ര അത് ഏറ്റവും നേർത്തിരിക്കുന്നു അക്ഷരപുരുഷനെ അതായത് അഹംബോധത്തിനെ അന്വേഷിച്ചു ചെന്ന് സ്വരൂപത്തിന് അങ്ങടും ഇങ്ങടും ചലിക്കാതെ നിൽക്കും അവിടെ നിർവികല്പ സമാധിയിൽ വിട്ടു ഉണരുമ്പോ വീണ്ടും പൊന്തുന്നത് കൊണ്ട് വിഭക്തി വീണ്ടും ഉണ്ടാവും അവിടെ കുറച്ച് കുറച്ച് ഓൾദോ അത് വളരെ സംസ്കൃതമായ ഒരു അഹമായിരിക്കും എങ്കിലും ഉണ്ട് ഭേദബുദ്ധി വന്നു പക്ഷെ ഈ വിഭക്തി നിശേഷ അസ്തമിച്ച് അഹങ്കാരത്തിന് എല്ലാവിധത്തിലുള്ള മൂവ്മെന്റ്സും അസ്തമിച്ച് ഞാനും ഇല്ല എന്റെയുമില്ല അതാണ് എന്താണ് കൃഷ്ണോരക്ഷതുമാം ചരാചര ഗുരു കൃഷ്ണം നമസ്തേ സദാ എല്ലാം ഭഗവാനാണ് ഇവിടെ ഭഗവാനാൽ ഭഗവാൻ വേണ്ടി ഭഗവാനായിക്കൊണ്ട് ഭഗവാനിൽ നിന്നും ഭഗവാനായി ഇവിടെ ഭഗവാനേ ഉള്ളൂ ഒരു ഞാനില്ല അഹങ്കൃതിയുടെ കർത്തൃത്വനിശേഷ ശമനമാണ് അങ്ങനെ ശമിപ്പിച്ചു കഴിയുമ്പോ ഏർപ്പെടുന്ന അനുഭൂതി എന്താ അഖണ്ഡാകാരമായ അനുഭവം അവിടെ അഖണ്ഡാകാരമായ അനുഭവം അവിടെ രണ്ട് എന്നുള്ള അനുഭവമേ ഇല്ല സകലത്തും ഭഗവത് സ്വരൂപമായിട്ടുള്ള അനുഭവമാണ് അവിടെ അതിനാണ് പുരുഷോത്തമൻ എന്ന് ഭഗവാൻ പറഞ്ഞത് ഉത്തമ എന്ന് അതാണ് അടുത്ത ശ്ലോകം നോക്കൂ പുരുഷസ്ഥുദാഹോകുവിശ്യ ബിഭർത്തയ ഈശ്വര ഉത്തമ പുരുഷസ്ഥ പരമാത്മേദൃ യോ ലോകമാവുശ്യ अक्षरम रूम कड़को ക്ഷരവും അക്ഷരവും കടന്നു നിൽക്കും ക്ഷരം നശ്വരമല്ലാതെ അക്ഷരം അനശ്വരമാണ് പക്ഷെ എന്നാലും ഉള്ളിൽ ഒതുങ്ങി കാണപ്പെടുന്നു ഇത് പരമാത്മാ ഇതി ഉദാഹരത ഇതിനെ പരമാത്മാ എന്ന് പറയുന്നു പരമാത്മാവിനെ എന്താ ലക്ഷണം യോ ലോകത്രയം ആവശ്യം മൂന്ന് ലോകങ്ങളിലും നിറഞ്ഞു തിങ്ങി എടതിങ്ങി ഏത് ലോകമണ്ഡലത്തിലും പരമാത്മാവാണ് ലോകത്രയും ആവശ്യ ബിഭർത്തി ബിഭർത്തി എന്ന് വെച്ചാൽ ധരിക്കുന്നു ഭരിക്കുന്നു വഹിക്കുന്നു അതിനകത്ത് ഇടതിങ്ങി നിൽക്കുന്നു അവ്യയ ക്ഷയമില്ലാതെ അനശ്വരമായി ശയിച്ചു പോകാതെ ഈശ്വര ഈശ്വരന ഈശാവാസ്യമിതം സർവം യത്യാ ആ ഈശ്വരൻ മൂന്ന് ലോകത്തിലും ഇടതുങ്ങി നിൽക്കുന്നു മൂന്ന് ലോകം ഇവിടെ എന്താ ഭൂമി ഭൂർഭൂസ്വ എന്ന് പറയാം നമുക്ക് അത് തന്നെ നമ്മളുടെ അനുഭൂതി മണ്ഡലത്തിൽ എന്താണ് ജാഗ്രത് സ്വപ്നം സുഷുപ്തി മൂന്ന് മണ്ഡലങ്ങൾ മനസ്സിന്റെ ലോകം ശരീരത്തിന്റെ ലോകം കാരണ ലോകം ഈ മൂന്ന് ലോകത്തിലും നിറഞ്ഞു നിൽക്കുന്നു ജാഗ്രതീ രാമ സ്വപ്നീ രാമ ഒരു അഭംഗത്തില് ഒരു ഭക്തൻ പാടുന്നു ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഒക്കെ എനിക്ക് രാമനെ ഉള്ളൂ എന്നാണ് മൂന്ന് മണ്ഡലത്തിലും എനിക്ക് രാമനെ ഉള്ളൂ എല്ലാ അനുഭവ മണ്ഡലങ്ങളും ഇടതിങ്ങി നിൽക്കുന്നു ചൈതന്യം ഇതാണ് പാക്കും ഇടമിങ്കും ഒരു നീക്കം അര നിറയ്ക്കേണ്ട പരിപൂർണ ആനന്ദമേ എന്നൊരു ഭക്തൻ പാടി ഞാൻ നോക്കുന്ന ഇടത്തൊക്കെ ശ്രദ്ധിക്കുന്ന നിൽക്കുന്നു എന്നാണ് ചലിക്കാൻ സ്ഥലമില്ലാതെ നിറഞ്ഞു നിൽക്കുന്ന പരിപൂർണ ആനന്ദ സ്വരൂപം അപ്പോ പരമാത്മേതി ഉദാഹൃത യോ ലോകത്രയമാവശ്യം മൂന്ന് ലോകങ്ങളെയും നിറഞ്ഞു വിവർത്തി ഭരിക്കുന്നു അവ്യജ്വര അതാണ് ശ്രുതി പറഞ്ഞത് ദിവ്യോ ഒരു ആദ്യത്തെ വിശേഷണം ദിവ്യം ദിവ്യോ ഹി അമൂർത്ത മൂർത്തി രൂപം പൂണ്ടളൽ അമൂർത്ത പുരുഷ ആ പുരുഷൻ എവിടെ നിൽക്കുന്നു സബാഹ്യാഭ്യന്തര നിർവി ഈ അക്ഷര പുരുഷൻ അനശ്വരനാണെങ്കിലും ആഭ്യന്തരനാണ് അയാൾ ഉള്ളിലാണ് പ്രകാശിക്കുന്നത് പക്ഷെ ഈ പുരുഷോത്തമനോ സബാഹ്യാഭ്യന്തരോഹി അജഹ അവിടെ പ്രാണനോ മനസ്സോ വലതോ ഒക്കെ ഉണ്ടോ സ്പർശമേ ഇല്ല അപ്രാണോഹി അമനാഹ അവിടെ പ്രാണൻ മനസ്സും ഒന്നും അതില് സ്പർശിക്കുന്നേ ഇല്ല പ്രാണനും മനസ്സുമൊക്കെ തന്നെ ബ്രഹ്മം ആചാര്യസ്വാമികൾ അപരോക്ഷാനുഭൂതിയിൽ പ്രാണായാമം എന്താണെന്ന് പറയുന്നു ചിത്താദി സർവഭാവേഷു ബ്രഹ്മാത്മത്വ അവലോകനാദി നിരോധ സർവവൃത്തിനാം പ്രാണായാമ സ ഉച്ചതയെന്നാണ് ചിത്തത്തിന്റെ ഓരോ ചലനത്തിനേയും ബ്രഹ്മമാണെന്ന് കാണുമ്പോൾ അത് നിരോധമാവും അത്രേ അദ്വൈത അനുഭവം കൊണ്ട് നിരുദ്ധമാവും അതാണ് ഉത്തമ പ്രാണായാമം എന്ന് അപ്പൊ പ്രാണൻ മനസ്സും ഒന്നും ഇല്ലാന്നറിയുമ്പോൾ പ്രാണന് മനസ്സും ഇല്ലാതായി തരും ഉണ്ട് എന്ന് വിചാരിക്കുന്നവരും മനസ്സ് ബലപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്രാണോ ഹി അമനാഹ പ്രാണനും മനസ്സും ഒക്കെ ഇല്ലാത്ത സ്ഥിതി ശുഭ്രഹ അതിശുദ്ധം അക്ഷരാത് പരതഃ്പരഹ ഈ അക്ഷരന്റെ പുറകോട്ട് പുറകോട്ട് പുറകോട്ട് യു മോർ ആൻഡ് മോർ ഡീപ് യു ഗോ അക്ഷരത്തിനെ കടന്നു നിൽക്കുന്നു അക്ഷരാത് പരതഫ് ആ പുരുഷനെ കണ്ടു കഴിഞ്ഞാൽ എന്താവും അക്ഷരവും അവൻ തന്നെ ക്ഷരവും അവൻ തന്നെ ജഗത്തും അവൻ തന്നെ കാണുന്ന വസ്തുക്കളൊക്കെ അവൻ തന്നെ അവൻ എല്ലാത്തിനെയും വിഴുങ്ങിക്കളയും ആദ്യം ഇതല്ല ഇതല്ല ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞു പോയി പുരുഷോത്തമനിൽ എത്തുമ്പോ പിന്നെ എല്ലാം അവനാണ് അതാണ് പ്രഹ്ലാദം പറഞ്ഞത് എല്ലാം നാരായണൻ നാരായണൻ അല്ലാതെ ഇവിടെ ഒന്നുമില്ല യാതൊന്നു കൺവത നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതും നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്തതും നാരായണാർച്ചനകൾ യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ സഹജനിർവികൽപ്പ സ്ഥിതിയാണ് ഈ സ്ഥിതിയിൽ അവർക്ക് ഇനി പതനവുമില്ല നഷ്ടവുമില്ല അവർക്കൊന്നും ക്ഷയിച്ചു പോവില്ല അവരുടെ യോഗസ്ഥിതി നഷ്ടപ്പെട്ടു പോവില്ല അവർക്ക് പുതിയതായിട്ടൊന്നും നേടാനുമില്ല സദാശിവ ബ്രഹ്മേന്ദ്ര സരസ്വതി സ്വാമികൾ പറഞ്ഞു ഈ സ്ഥിതിയിൽ എന്തൊക്കെ വരും എന്ന് വെച്ചാൽ ചികിത്സാനി വൃത്തി ജിജ്ഞാസാനി വൃത്തി ജിഹാസാനി വൃത്തി പ്രേപ്സാനി വൃത്തി ശോക നിവൃത്തി ഭയനിവൃത്തി സർവസങ്കൽപ്പ നിവൃത്തി സർവദ്വൈത നിവൃത്തി എട്ട് നിവൃത്തികൾ ഉണ്ടാവുന്നവരാണ് ചികിത്സാ നിവൃത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള ആഗ്രഹം പോയി പോകും പ്രേപ്സാ നിവൃത്തി എന്തെങ്കിലും പുതിയതായിട്ട് ഇനി പ്രാപിക്കണം എന്നുള്ള ആഗ്രഹം പോയി പോകും ജിജ്ഞാസാനി വൃത്തി പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുള്ള ആഗ്രഹം പോയിപ്പോകും ജിഹാസ നിവൃത്തി തന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇനി ഉപേക്ഷിച്ചു മാറ്റണം എന്നുള്ള ആഗ്രഹം വിട്ടുപോകും സർവസങ്കല്പ നിവൃത്തി സങ്കല്പങ്ങളൊക്കെ വിട്ടുപോകും ദ്വൈത നിവൃത്തി രണ്ടാന്നുള്ള ഭാവ നിശേഷം ഒടുങ്ങി അസ്തമിച്ചു പോകും ഭയനിവൃത്തി രണ്ടോ ഉണ്ടെങ്കിലല്ലേ ഭയമുള്ളൂ രണ്ടോന്നുള്ളത് പോയതോടുകൂടെ ഭയവും പോയി ഭയനിവൃത്തി ശോകനിവൃത്തി ദുഃഖം വിട്ടുപോയി ഇങ്ങനെ എട്ട് നിവൃത്തികളുണ്ടാവുന്നതാണ് ഈ പുരുഷോത്തമനിൽ എത്തുമ്പോൾ സർവവും ബ്രഹ്മമയം സർവം ഖൽ ബ്രഹ്മ തജ്ജലാനിതി ശ്രുതിയുടെ വാക്യമാണ് സർവം ഖൽ ബ്രഹ്മ എന്ന മഹാവാക്യത്തിന്റെ സാക്ഷാത്കാരമാണ് പുരുഷോത്തമ യോഗം ബാക്കി യോഗം ഒക്കെ ബാക്കി നാലു മഹാവാക്യങ്ങളും അയമാത്മാ ബ്രഹ്മ വരെ കൊണ്ടുവരും ഇവിടെ എത്തുമ്പോ സർവം ഖലുവിധം ബ്രഹ്മ അനുഭൂതി മണ്ഡലം മുഴുവൻ ഈശ്വരൻ തന്നെ ഈശ്വരനല്ലാതെ ഒന്നുമില്ല മനസ്സെന്ന് പറഞ്ഞിപ്പോ പ്രവർത്തിക്കണത് അവിടെ ആ മനസ്സില്ല ആ മനസ്സായിട്ടും ഈശ്വരൻ തന്നെ ഓരോ വികാരങ്ങളായിട്ടും ഈശ്വരൻ സ്വാതന്ത്ര്യം എന്തു സ്വാതന്ത്ര്യം ഒന്നിനും ഭയപ്പെടാനില്ല ഇനി ഒരു പതർച്ച വരാനില്ല വീഴ്ച വരാനില്ല ഇവിടെ ഭഗവാനല്ലാതെ മറ്റൊരു വസ്തുല്ല അപ്പൊ എന്താ സ്വാതന്ത്ര്യം പാണ്ഡിത്യം നിർവിദ്യ ബാല്യേണധിഷ്ഠാസെന്ന് പാണ്ഡിത്യൊക്കെ ഇപ്പൊ കെട്ടി വരിഞ്ഞ എറിഞ്ഞിട്ട് കൊച്ചുകുട്ടികളെ പോലെ ആയിത്തീരുവത്ര പാണ്ഡിത്യൊക്കെ ബാഗിലിട്ട് അടച്ചു വെച്ചിട്ട് ഏതെങ്കിലും കിണറ്റിലിട്ടിട്ട് സ്വതന്ത്രമായിട്ട് തിരുന്നതാണ് ബാല്യേണധി എന്താ സ്വാതന്ത്ര്യം സർവസ്വാതന്ത്ര്യം വിധി നിഷേധങ്ങളൊന്നുമില്ല എല്ലാം കടന്നു പോകും എന്ന് വെച്ചാൽ അവര് വല്ല കുറ്റം ചെയ്യുവോ വിധി നിഷേധം ഇല്ലെന്ന് പറഞ്ഞാൽ എവിടെങ്കിലും അവര് വേണ്ടാത്തരം ചെയ്യോ ഒരു വേണ്ടാത്തരം വേണ്ടതേ ഇല്ല എന്നിട്ട് വേണ്ട വേണ്ടാത്തരം അവർക്ക് വേണ്ടതേ ആവശ്യം ഇല്ല എന്ന് വരുമ്പോ പിന്നെ വേണ്ടാത്തരത്തിൽ പോകുവോ മനസ്സ് ഒന്നും പോല സർവവും ഈശ്വര സ്വരൂപം അവരുടെ ദൃഷ്ടി ആരുടെയെങ്കിലും മേലെ വീണാൽ ആ ജീവൻ ഉദ്ധരിക്കപ്പെടും അത് അമൃത ദൃഷ്ടിയാണ് കാരണം എന്താ അവരാരെയും മനുഷ്യനായിട്ടോ സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ ഒന്നും കാണുന്നില്ല അതുകൊണ്ട് അവർക്ക് ഒരു വികാരവും ഉണ്ടാവില്ലേ കാണുന്നവരോടൊക്കെ ബ്രഹ്മഭാവമായത് എന്താ അമൃത ദൃഷ്ടി ആ അമൃത ദൃഷ്ടിയോടുകൂടെ അവരൊന്ന് വീക്ഷിച്ചാൽ ആ ജീവൻ ഉദ്ധരിക്കപ്പെടും അവരുടെ ഉള്ളിലും അമൃതാനുഭവം ഉണ്ടായിത്തൊടും അപ്പോ അതാണ് ഉത്തമപുരുഷ സ്ഥിതി അപ്പൊ ഭഗവാൻ ഉത്തമ പുരുഷ ഉത്തമ പുരുഷനാണ് പുരുഷോത്തമനാണ് പുരുഷോത്തമനാണ് ബ്രഹ്മമാണ് പരമാത്മാവാണ് സൃഷ്ടി എന്നുള്ളത് ചെയ്യുമ്പോ ബ്രഹ്മ സ്ഥിതി ചെയ്യുമ്പോ വിഷ്ണു സംഹാരം ചെയ്യുമ്പോ രുദ്രൻ തിരോധാനം ചെയ്യുമ്പോ അതായത് അവ്യക്തസ്ഥിതിയിൽ ഈശ്വരൻ എല്ലാം കഴിഞ്ഞ അനുഗ്രഹ സ്വരൂപമായി സർവവും പരമാത്മ സ്വരൂപമായി നിൽക്കുമ്പോ സദാശിവൻ ഇങ്ങനെ ലതാസഹസ്രനാമത്തിൽ പറഞ്ഞു വരും സൃഷ്ടികർത്തിരി ബ്രഹ്മരൂപ ഗോപ്ത്രി ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനഗരി ഈശ്വരി സദാശിവ അനുഗ്രഹത പഞ്ചകൃത്യ പരായണം ഇത് തന്നെ വൈഷ്ണവ സമ്പ്രദായത്തിൽ അവരും പറയുന്നുണ്ട് മഹാനാരായണൻ എന്ന് പറയും അതെങ്ങനെ പറഞ്ഞാലും ശരി അനുഭൂതി മണ്ഡലത്തിലുള്ള വ്യത്യാസം അതിന് നമ്മൾ എന്ത് പേര് കൊടുക്കണോന്നുള്ളതൊന്നും ഇമ്പോർട്ടന്റ് അല്ല അനുഭവമണ്ഡലത്തിൽ പുരുഷോത്തമൻ എന്ന് പറയുമ്പോൾ എന്താവുന്നു ദ്വൈതം പരിപൂർണമായി വിട്ടുപോയി ഈ വ്യക്തിയില്ലാതെ ഈശ്വരൻ മാത്രമായി നിൽക്കും പ്രഭു ഈശ്വരൻ മാത്രം സാധകനില്ല അവസാനം സാധകനും പോയി സാധനയും പോയി സാധ്യം സർവത്ര പ്രകാശിച്ചു സാധന ചെയ്യുന്ന ആള് ഇടയ്ക്ക് വെച്ച ആളെ കാണില്ല സാധകനും പോയി സാധനയും പോയി സാധ്യം സർവത്ര പ്രകാശിച്ചു സാധ്യം സർവത്ര പ്രകാശിച്ചു നിൽക്കുന്ന സ്ഥിതിയെ പുരുഷൻ ഉത്തമ പുരുഷസ്ഥിതി സഹജനിർവികല്പ സ്ഥിതി എന്നൊക്കെ ശാസ്ത്രങ്ങൾ പറയുന്നു അടുത്ത ശ്ലോകത്തില് ഭഗവാൻ ഇതിനൊക്കെ ഞാൻ പുരുഷോത്തമനാണെന്നും ആ പുരുഷോത്തമനെ ആരറിയുന്നു അവൻ സർവബന്ധ വിമുക്തനാകുന്നു എന്നൊക്കെ പറയുന്നു അത് നമ്മൾ നാളെ കാണാം നാളെ വൈകീട്ട് കൃത്യം ഇതേ സമയത്ത് തുടങ്ങും നാളെ നമ്മളുടെ ഈ ഗീതാജ്ഞാന യജ്ഞം സപ്താഹം ഏഴു ദിവസം ഉള്ള ഈ ഗീതാജ്ഞാന യജ്ഞം നാളെ ഇവിടെ പൂർത്തിയാവുകയാണ് നാളെ വൈകിട്ട് ഇതേപോലെ തുടങ്ങി ഇനി മുഖ്യമായി രണ്ട് ശ്ലോകങ്ങളേ ഉള്ളൂ പിന്നെ അവസാനം ആ ശ്ലോകത്തിനെ ഒന്ന് വിശേഷിപ്പിക്കുന്നു ഈ വിദ്യയെ ഒന്ന് വിശേഷിപ്പിക്കുന്നു മൂന്നാമത്തെ ശ്ലോകം നാളെ നമ്മൾ കാണാം ഫലാവനകിരീട്ടം ഫാള നേിഷാദഗ്ധപഞ്ചു കീടം ശൂലാഹതാരതികൂട്ട ശുദ്ധവക്േന്ദുചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേവംഭോ മഹാദേവ ഇവേഷ ശംഭോ ശംഭോ മഹാദേവ അംഗേ വിരാജുജം അബ്രഗാതംഗാഭിരാമോത്തമാകാരവാടീകുരംഗം സിദ്ധസംസേവിതേ മാർഗന്ധുഭോ മഹാദ ശിവ ശംഭോ മഹാദ ശംഭോ ശംഭോ മഹാദേവേവ നിം ചിദാനന്ദംതാശേഷോകേശ വൈരി പ്രതാ കാ കിവാസം ഭജേ ദിവസന്മാർ ബന്ധു ശംഭോ മഹാദേവേവംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവേവ കർപ്പർപ്പനീശം കാളകോമകുന് സുരേശം കോട്ടിസൂര്യ പ്രകാശം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവദേ മന്ദാരൂത്തെരുദാരം മന്ദാഗേന്ദ്രസാരം മഹാഗൌര് ദൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവേഷംഭോ ശംഭോ മഹാദേവ സേ പി സുഖിനസ്സന്തു സു നിരാമയാേ ഭദ്ര പശ്യൻ മാ കിദ്ദുഖ് ഭേ കയച്ച മനസേന്ദ്രി ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ സമയ സമർപ്പി